ി ജാഗ്രസ്വപ്നൂരന്തരാളാവസ്ഥ പ്രതിഷേധനെ കുറിച്ച് പറയുന്ന ആ മന്ത്രത്തെ ഓരോ ഭാഗമായിട്ട് അടുത്ത് പക്ഷുകാരൻ മേഖലിക്കുകയാണ് പ്രജ്ഞം പൈജസിനെ അവിടെ നിഷേധിച്ചിരിക്കുന്നു പ്രജ്ഞം വിഷുവിനെ നിഷേധിച്ചു അതാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തത് നോഭേദപ്രജ്ഞം മൂന്നാമത്തെ നിഷേധമാണ് ജാഗ്രസ്വപ്നയോരന്തരാളാവസ്ഥ പ്രതിഷേധ ജാഗ്രത സ്വപ്നം സുഷുപ്തി അതിന് ജാഗ്രത സ്വപ്നങ്ങൾക്ക് അന്താരാളമായി വരും ജാഗ്രത സ്വപ്നങ്ങൾ കലർന്നു വരുന്ന അവസ്ഥ അതിനെ നിഷേധിക്കുകയാണ് ജാഗ്രത സ്വപ്നങ്ങൾ മാത്രമല്ല ജാഗ്രത സുഷുപ്തിയായിട്ട് വരാം സുഹുദ്ധിയും സ്വപ്നമായും വരാം അന്തരാളാവസ്ഥ ഇടയ്ക്ക് വരുന്ന അവസ്ഥ അതുപോലെ പകലും രാത്രിയും എന്ന് നമ്മൾ പറയുമെങ്കിലും രണ്ടും രണ്ടാണ് പരസ്പര വിരുദ്ധമാണ് എങ്കിലും പകലും രാത്രിയും കലർന്നുവരുന്ന അവസ്ഥ സന്ധ്യ പകലാണെന്നോ രാത്രിയെന്നോ പറയാൻ വയ്യ പകലിന്റെ പ്രകാശം അവിടെയാണ് രാത്രിയുടെ അവ്യക്തതയും രണ്ടു കൂടി തീരുന്ന ഭാഗത്തിലാണ് നമ്മൾ പറയുന്നത് അന്തരാളം പകലിന്റെയും രാത്രിയുടെയും അന്തരാളമാണ് സംഖ്യ പ്രഭാതം അതുപോലെ ജാഗ്ര സ്വപ്നങ്ങൾ അതിനെക്കുറിച്ച് മുഖ്യമായി പറയും ജാഗ്രത സ്വപ്നങ്ങൾക്കൊരന്തരാളാവസ്ഥയുണ്ട് ജാഗ്രതത്താണെന്നോ സ്വപ്നമാണെന്നോ വ്യക്തമായി നിർവചിക്കാൻ കഴിയാതെ വരുന്ന ഒരവസ്ഥ സ്വപ്നത്തിൽ പുലിയെ കൊണ്ട് ഭയന്ന് അതെല്ലാം സ്വപ്നത്തിലെ സംഭവങ്ങളാണ് സ്വപ്നത്തിൽ തന്നെ അത് സ്വപ്നത്തിലെ പുലി ജാഗ്രതയിലേക്ക് വരുന്നില്ല സ്വപ്നവും ജാഗ്രതും മെമ്പേറിയ അവസ്ഥകളായതുകൊണ്ട് സ്വപ്നത്തെ സംബന്ധിക്കുന്ന ഒന്നും ജാഗ്രത വരാൻ പാടുള്ളതല്ല പക്ഷേ സ്വപ്നത്തിലെ പുലി പോയി സ്വപ്നം പോയി എന്നാലും പുലിയെ കണ്ട ഭയം മനസ്സിലുണ്ട് ശരീരത്തിൽ വരയലുണ്ട് ഈ സ്വപ്ന ജാഗ്രതകൾക്കിടയിൽ എന്തോന്നുണ്ട് അത് നമുക്ക് കൃത്യമായി സ്വപ്നമെന്നോ ജാഗ്രതയൊന്നോ നിർവചിക്കാൻ സ്വപ്നത്തിന്റെ പലതിനെയും ജാഗ്രതയിലേക്ക് കൊണ്ടുവരുന്ന ഒന്ന് അത് പൂർണ്ണമായും രണ്ടായിട്ടാണ് നീങ്ങുകയാണെങ്കിൽ സ്വപ്നത്തിൽ നിന്ന് ജാഗ്രതയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിന്റെ അവശിഷ്ടമൊന്നും ജാഗ്രത കാണത്തില്ല ഇതെങ്ങനെയാണ് സ്വപ്നത്തിൽ നിന്നും ജാഗ്രതത്തിലേക്ക് വന്നിട്ട് സ്വപ്നത്തിലെ ചില ശേഷിപ്പുകൾ ജാഗ്രതയിലും തുടരുന്നു എന്താണ് ഇതിന്റെ ഇടയ്ക്ക് ഇതിന്റെ അന്താരാളമായ ഒരവസ്ഥയുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ സ്വപ്നവും ജാഗ്രതും കൂടി കലർന്നിരിക്കുന്ന ഒരവസ്ഥ ഇതുപോലെ നിദ്രയും ജാഗ്രതയും കലർന്നു വരുന്ന അവസ്ഥ ഉണർവ് കാണും എന്നാൽ ഉറക്കം കാണും ഉറങ്ങിക്കിടക്കുന്ന കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ അവർ ഭക്ഷണം കഴിക്കും പക്ഷെ ഉറക്കു വരും ശരിക്കുണതിന് ശേഷം വീണ്ടും ചോദിക്കും ഭക്ഷണം എന്താവിടെ സംഭവിക്കുന്നത് അവിടെയും ഉറങ്ങിക്കൊണ്ട് ഭക്ഷണം കഴിക്കുന്നു ഇതുപോലെ ഈ അവസ്ഥകൾക്കല്ല അന്തരാള അവസ്ഥ സുഷുപ്തിയുടെ അന്തരാളാവസ്ഥയായിട്ടാണ് മൂർച്ചയും മറ്റും പറയും ഏതെങ്കിലും കാരണവശാൽ ബോധം കെട്ടുപോകുക ഏതെങ്കിലും തരത്തിലുള്ള മയക്കങ്ങൾക്ക് അടിമപ്പെട്ടു പോകും ഡോക്ടർ മയക്കുക അവിടെ എന്ത് സംഭവിക്കുന്നു അത് സുഷുപ്തിയല്ല എന്തുകൊണ്ട് സുഷുപ്തിയല്ല സുഷുയിലേക്ക് പോകുന്നതിന് ഡോക്ടറുടെ ആവശ്യമില്ല മരുന്നിന്റെ ആവശ്യമില്ല അത് സഹജമാണ് അവിടെ നിന്ന് തിരിച്ചു വരുന്നതിനും മറ്റൊന്നിന്റെ ആവശ്യമില്ല സഹജമായി സംഭവിക്കുന്ന കാര്യമാണ് പക്ഷെ മരുന്ന് കഴിച്ച് ഉറങ്ങുമ്പോഴോ അത് എപ്പോൾ ഉറങ്ങണമെന്നും ഡോക്ടർ നിശ്ചയിച്ചിരിക്കുകയാണ് എപ്പോൾ ഉണരണമെന്നും ഡോക്ടർ നിശ്ചയിച്ചിരിക്കുകയാണ് അതനുസരിച്ചാണ് ഉറങ്ങി ഉണരുകയും സഹജമല്ല അവിടെ സഹജമായ നിദ്രയിൽ നിന്ന് കിട്ടുന്ന സുഖം ഉണർവില്ല അസുഖത്തെ അനു അനുസന്ധാനം ചെയ്യാൻ കഴിഞ്ഞു ഒന്നും അറിഞ്ഞില്ല മയങ്ങിപ്പോയി എന്നീ പറയാൻ പറ്റും സുഖത്തെക്കുറിച്ച് പറയാൻ പറ്റത്തില്ല അതുമാത്രമല്ല അത്തരം മയക്കത്തിൽ നിന്ന് കൃത്രിമമായ മയക്കത്തിൽ നിന്ന് ഉണരുന്നവർക്ക് ആ മയക്കത്തിന്റേതായ അസ്വസ്ഥതകള് ക്ഷീണം അതിനെക്കുറിച്ചുള്ള സ്മൃതികൾ ഭയത്തെയും മറ്റും ഉണ്ടാക്കുന്ന സ്മൃതികൾ അസ്വസ്ഥതകളെക്കുറിച്ചുള്ള സ്മൃതികൾ അതൊക്കെയാണ് പിന്നെ തുടർന്നു വരുന്നത് അവിടെ ജീവന് അന്തര്യാമീയമായിട്ടുള്ള ഏകീഭവന അതൊന്നും സംഭവിക്കുന്നില്ല അത് അന്തരാളാവസ്ഥയാണ് സുഷുപ്തിയാണ് അവിടെ ഈ ജീവന് മനസ്സിലൂടെയും ശരീരത്തിലൂടെയെല്ലാം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതിനുള്ള ആ പഴുതുകളതിനെ അടച്ചു കളയാണ് കൃത്രിമമായ മാർഗങ്ങളിലൂടെ അതിനെല്ലാം നിരോധിക്കുകയാണ് തടയുകയാണ് ചെയ്യുന്നത് അങ്ങനെ തടയുന്നത് ആ ബോധം അവിടെ പ്രകാശിക്കട്ടു പ്രകാശത്തിന് എപ്പോഴും ഉപാധി വേണം പടു പ്രകാശിക്കണമെങ്കിൽ അതിന്റെ പ്രകാശിപ്പിക്കുന്നതിന് എന്തെങ്കിലും വസ്തുക്കൾ വേണം അവിടെ ആ വസ്തുക്കൾക്ക് എന്തെങ്കിലും കേടുപാട് സംഭവിച്ചു കഴിഞ്ഞാൽ വൈദ്യുതി അവിടെ നിന്നാലും പ്രകാശമായി പുറത്തു വരുത്തും അതുപോലെ തന്നെ തലച്ചോറിൽ സംവേദനക്ഷമമായ ഭാഗങ്ങളെയെല്ലാം അതിനെന്തെങ്കിലും തടസ്സങ്ങൾ സൃഷ്ടിച്ചു കഴിഞ്ഞാൽ ബോധം പ്രകാശിക്കും അങ്ങനെ വരുന്ന ആ മയക്കം സുഷ്ട വരുന്ന അത്തരം അവസ്ഥകളെ അതിനെയും പറയാം എന്താണോ ജാഗ്ര സുഷ്ടികൾക്കിടയിലുള്ള അന്തരാളം എന്ന് പറയാം ഇത്തരം അവസ്ഥകളെല്ലാം നിഷേധിക്കും കൃത്രിമമായി മദ്യം കൊണ്ട് മയക്കം വരുന്നു കൊണ്ട് എല്ലാ മനുഷ്യനും വരുന്ന മയക്കങ്ങൾ ഇതെല്ലാം അന്തരാളാവസ്ഥയാണ് അതൊക്കെ ഇതൊക്കെ എന്താണ് ജാഗ്രത ആണോ സ്വപ്നമാണോ സുഷൃത്തിയാണോ എന്ന് ചോദിച്ചാലല്ല അതെല്ലാം കൃത്രിമമായി സൃഷ്ടിക്കുന്നു ജാഗ്രത സ്വപ്ന സുഷൃതികൾ അങ്ങനെയല്ല അത് സഹജമായി സംഭവിക്കുന്നതാണ് അതിന് മരുന്നിന്റെ ആവശ്യമുണ്ട് ഭാഗ്യമായ ഒരു ഉപായങ്ങളുടെ ആവശ്യമുണ്ട് സഹജമായ ജീവന്റെ പ്രവൃത്തിയിൽ അത് ഓരോ അവസ്ഥകളിലേക്കും മാറി മാറി പ്രവേശിക്കുന്നതാണ് അങ്ങനെ സ്വാഭാവികമായ അവസ്ഥകളെ നാന്തപ്രജ്ഞം ്രജ്ഞം എന്ന് നിഷേധിച്ചിട്ട് കൃത്രിവുമായി വരുന്ന അവസ്ഥകളെയും നിഷേധിക്കുന്നു അതാണ് നോഭേദപ്രജ്ഞം എന്ന് പറയുന്നത് അതുപോലെ കൃത്രിമമായി വരുന്ന അവസ്ഥയാണ് സമാധി മറ്റും അഭ്യാസം കൊണ്ട് ദീർഘകാലത്ത് പരിശീലനം കൊണ്ട് മനസ്സെത്തിച്ചേരുന്ന തലങ്ങളാണ് അതിനെയും നിഷേധിക്കും അതും തുരിയനല്ല അത് നിഷേധിക്കും അതൊന്നും തിരിയന്റെ സ്വരൂപമല്ല എന്നത് നമ്മൾ കൃത്രിമമായി സൃഷ്ടിച്ചെടുക്കുന്ന അഭ്യാസം കൊണ്ട് സൃഷ്ടിച്ചെടുക്കുന്ന സ്വാഭാവികമുണ്ട് മരുന്ന് കൊടുത്ത് ഉറക്കുന്നതുപോലെ ബോധപൂർവം പ്രയത്നിച്ച് മനസ്സിനെ അതിൻ്റെ ഏതെങ്കിലും സ്ഥലങ്ങളിലെത്തിക്കുക അതൊന്നും തിരിയന്റെ സ്വതയുള്ള നിലയല്ല അങ്ങനെയല്ല ഇവിടെ നിഷേധിക്കും അതെല്ലാം ഉപായങ്ങളാണ് സമാധിയും മറ്റും തുരിയപ്രാപ്തിക്കുള്ള ഉപാധിയാകാം പക്ഷേ അത് പരമാർത്ഥമാണ് അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ അവസ്ഥകളെയും നിഷേധിക്കുന്നു നിഷേധിച്ചാൽ ശേഷിക്കുന്നത് എന്തോ അത് ദിനപ്രജ്ഞാനധനമിരി സുഷുപ്താവസ്ഥ പ്രതിഷേധം അതിനെ നിഷേധിക്കുന്നു സുഷുപ്താവസ്ഥ നിഷേധിക്കുന്നു സുഷുപ്തന്റെ അവസ്ഥ സുഷുതി ആ സുഷുപ്തി നിഷേധിക്കുകയാണ് പ്രജ്ഞാനഘനം നേരത്തെ പറഞ്ഞു അങ്ങനെ പ്രജ്ഞാനഘനം എന്നെന്തുകൊണ്ട് പറഞ്ഞു ജാഗ്രതത്തിലും സ്വപ്നത്തിലുമാണ് ഈ പ്രജ്ഞാനം പ്രകടമായി നിൽക്കുന്നത് ഈ പ്രകടമായി നിൽക്കുന്ന പ്രജ്ഞാനത്തിന്റെ ഉറവിടമാണ് ബീജഭാവമാണ് സുഷുതി ബീരഭാവം ആയതുകൊണ്ട് അതിനെ പറയാം എന്താണ് ഇതിന്റെയെല്ലാം ഖനീഭൂതമായ ഭാവമാണ് ജാഗ്രത്വ സ്വപ്നവും അതിന്റെ പ്രകടമായ ഭാവം ഖനീഭൂതമായ എന്നുവെച്ചാൽ അത് വിലയിച്ചിരിക്കുന്നു പ്രകടമാകാതെ വിലയിച്ചിരിക്കുന്ന ഭാവം അതുകൊണ്ടാണ് അതിനെ പ്രജ്ഞാന ധനം ഖനീഭൂതമായത് ഏകീഭവിച്ചത് കട്ടിപിടിച്ചത് എന്നൊക്കെ വേണമെങ്കിൽ പറയാം നേരത്തെ പറഞ്ഞു വിശേഷ വിജ്ഞാന സ്ഫുരണ അഭാവ അവിടെ വിശേഷ വിജ്ഞാന സ്ഫുരണങ്ങളൊന്നും ജാഗ്രതത്തിലെയും സ്വപ്നത്തിലെയും നാനാവിധമായ ബോധസ്ഫുരണങ്ങൾ അവിടെ അവസാനിച്ചിരിക്കുന്നു എന്നാൽ അവിടെ സ്ഫുരണ ഉണ്ട് തന്നെ സുഷുപ്തി നിദ്ര എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിൽ വരും അതിരെയും നമുക്ക് അനുഭവിക്കാൻ കഴിയും എങ്ങനെ അനുഭവിക്കുന്നു ഞാൻ ഉറങ്ങി ഉറങ്ങി എന്ന് അനുഭവിക്കണമെങ്കിൽ ഇപ്പോ ആ അനുഭവം ഇപ്പോഴല്ല ഉറങ്ങുന്നത് മുമ്പ് എപ്പോഴും ഉറങ്ങിയതാണ് ആ അനുഭവത്തെ ഇപ്പോ അറിയണമെങ്കിൽ ഇപ്പോഴത്തെ അറിവ് എന്താണ് സ്മരണയെന്നോ അല്ലെങ്കിൽ ഊഹമെന്നോ എന്ത് വേണോ വിളിക്കാം അതൊരു കാര്യമില്ല എന്തായാലും ഇപ്പോൾ അറിയുന്നു അറിയുന്നുണ്ടെങ്കിൽ ആ അറിവിന് ഇപ്പോഴത്തെ ഈ അറിവിന് നൽകുന്നവൻ അവിടെ ഉണ്ടായിരിക്കും അതില്ലാതെ ഇതറിയാനൊക്കത്തില്ല ഇപ്പൊ അറിയാൻ ഒക്കത്തില്ല കാരണം മറ്റൊരാൾ അറിയുന്നതിന് നമുക്കറിയാൻ പറ്റുന്നില്ല അന്യൻ അറിയുന്നതിന് എനിക്കറിയാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ഞാനവിടെ ഉണ്ടായിരുന്നില്ല ഞാനവിടെ ഉണ്ടായിരുന്നെങ്കിലും അറിയാൻ പറ്റും സുഷൃത്തിയിൽ ഞാനില്ലായിരുന്നുവെങ്കിൽ സുഹൃത്തി എനിക്കറിയാൻ കഴിയാതെ വന്ന് എന്റെ സുഷൃത്തി എനിക്ക് എന്തായാലും വ്യക്തമായി അറിയാൻ കഴിയുന്നു എന്റെ സുഷൃത്തിക്ക് ആധാരമായി ചൈതന്യസ്ഫരണ ഉണ്ടായിരുന്നു ആ ചൈതന്യസ്ഫുരണം അവിടെ നിന്നതുകൊണ്ടാണ് ജാഗ്രത്തിലെ ഈ ചൈതന്യസ്ഫുരണത്തിൽ എനിക്കതിനെ അറിയാൻ കഴിയുന്നത് ഞാൻ ഉറങ്ങി എന്നാണ് അവിടെ സർവ പ്രജ്ഞാനങ്ങളും ഘനീഭവിച്ചിരുന്നെങ്കിലും ആ ഘനീഭവിച്ച പ്രജ്ഞാനങ്ങൾക്കെല്ലാം ആധാരമായിട്ട് അവിടെ ഈ ചൈതന്യസ്ഫുരണമോടെ നിലനിന്നിരുന്നു അതാണ് ബീജഭാവ അവിവേകരൂപത്വം അതിനാണ് പറയുന്നത് ബീജഭാവമാണ് വിശേഷത്തിൽ അവിടെ ചൈതന്യം സ്ഫുരിക്കുന്നില്ല അതുകൊണ്ട് പറഞ്ഞത് അവിവേകരൂപമാണ് ജാഗ്രത്തിലെയും സ്വപ്നത്തിലെയും വിവേകമില്ല അതുകൊണ്ട് അവിവേകത്വം എന്നാൽ ജാഗ്രത്തിൽ അതിനെനിക്ക് സ്മരിക്കാൻ കഴിയുന്നു അല്ലെങ്കിൽ അത്ര ഒരു അനുഭവത്തെക്കുറിച്ച് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നു അനുമാനിക്കാൻ കഴിയുന്നു അതുകൊണ്ടവിടെ അത് ബീജഭാവത്തിൽ ആ ചൈതന്യം നിലനിന്നിരുന്നു ഇവിടെ എന്തിനാണ് നിഷേധിക്കുന്നത് ഇവിടെ നിഷേധിക്കുന്നത് ആ വിവേകത്തെയാണ് അതിനാധാരമായിരിക്കുന്ന ചൈതന്യത്തെയാണ് അവിടെ ഈ വിശേഷ വിജ്ഞാനങ്ങളെയെല്ലാം അടക്കി വച്ചിരുന്നു ആ വിവേകത്തെ ഇവിടെ നിഷേധിക്കുകയാണ് ആ വിവേകത്തെ നിഷേധിച്ചാൽ ശേഷിക്കുന്നത് ഈ ജാഗരത്തിലേ തന്നെ ബോധസ്ഫുരണം തന്നെ ജാഗരത്തിലെ ബോധസ്ഫുരണം തന്നെയാണ് അവിടെയും നിലനിർത്തുന്നത് പക്ഷെ അത് വിശേഷഭാവങ്ങളെ പ്രാപിച്ചില്ലാന്നെയാണ് അത് നാനാത്വത്തെ പ്രാപിച്ചില്ലാന്നെയാണ് അതുകൊണ്ട് അവിടെയും പ്രജ്ഞാനധനം എന്ന് നിഷേധിച്ചിട്ട് ആ തുര്യൻ അവിടെ സമർത്ഥിക്കുകയാണ് അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ആ തുര്യന്റെ പ്രകാശം സർവത്ര ഉറങ്ങിക്കിടക്കുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും അവിടെ അവിവേകരൂപം എന്ന് പറയും ആ അവിവേകരൂപത്തെ നിഷേധിച്ച് കേവലം തുര്യൻ ശേഷിക്കുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും സംശയം വരാം ആ അവിവേകത്തെ പിന്നീട് ശേഷിക്കുന്ന കേവലം തുരിയനാണ് ആ കേവലം തുരിയനായിരിക്കെ അവിവേകത്തെ ആശ്രയിക്കാതെ പിന്നെ നിദ്ര എന്ന് പറയുന്ന ഒരവസ്ഥയ്ക്ക് എന്താണ് സാങ്കത്യം എന്ന് പറഞ്ഞാൽ ഈ നിഷേധ നേരത്തെ പറഞ്ഞിരുന്നത് നിഷേധ വിജ്ഞാനം നിഷേധ വിജ്ഞാനപ്രമാണം ആ നിഷേധ വിജ്ഞാനപ്രമാണം കൊണ്ട് വിവേകത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നീടവിടെ സുര്യൻ മാത്രമാണ് ശേഷിക്കുന്നതെങ്കിൽ നിദ്ര എന്ന് പറയുന്നൊരു അവസ്ഥ എങ്ങനെ നിലനിൽക്കും എന്ന് കരുതി ഒന്നുകൂടി വ്യക്തമാക്കിയാൽ ഈ പറയുന്ന നിഷേധ വിജ്ഞാനം പ്രാപിച്ചവന് പിന്നെ നിദ്ര ഉണ്ടാകും കാരണം അവിടെ അജ്ഞാനത്ത് നിഷേധിച്ചു കഴിഞ്ഞു അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആ നിദ്രയ്ക്ക് ജാഗ്രത്തിനോ സ്വപ്നത്തിൽ നിന്നോ പ്രത്യേകിച്ച് യാതൊരു വിശേഷതയും ഇല്ല എങ്ങനെയാണോ ജാഗ്രത്തിനെയും സ്വപ്നത്തെയും നിഷേധിച്ചത് അതുപോലെയാണ് നിദ്രയെ നിഷേധിക്കുന്നത് അപ്പോൾ ജാഗ്രത്തിനെയും സ്വപ്നത്തിനെയും വീണ്ടും ജാഗ്രത സ്വപ്നവും ഉണ്ടോ എന്ന് ചിന്തിക്കുന്നത് ജാഗ്രതത്തിനെയും സ്വപ്നത്തിനെയും നിഷേധിച്ചതിനു ശേഷവും അതിനെ ബോധിച്ചതിന് ശേഷവും ഒരാളിൽ ജാഗ്രത സ്വപ്നവും ഉണ്ടാകാമെങ്കിൽ അതുപോലെ നിദ്രയും ഉണ്ടാകും ദോഷമൊന്നുമില്ല അതിന് നിഷേധിച്ചതിനു ശേഷം ഒരുവനും ജാഗ്രതും സ്വപ്നവും ഇല്ലെങ്കിൽ അവിടെ നിദ്രയും ഇല്ല ജാഗ്രതത്തിനും സ്വപ്നത്തിനും നിദ്രയ്ക്കും തുല്യമായ സ്ഥാനമാണ് ഇവിടെ നിഷേധിക്കുന്നോണ്ട് എന്താണ് സംഭവിക്കുന്നത് നിഷേധത്തിലൂടെ തന്റെ സ്വരൂപത്തെ ബോധ്യപ്പെടുകയാണ് പരമാർത്ഥത്തെ ബോധ്യപ്പെടുകയാണ് ആ പരമാർത്ഥത്തെ ബോധ്യപ്പെടുന്നതുകൊണ്ട് അവന്റെ ബോധമണ്ഡലത്തിൽ നിന്നും ജാഗ്രത സ്വപ്ന സുഹൃത്തികൾ മറഞ്ഞുപോവുകയല്ല മറിച്ചവൻ എന്ത് ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ പരമാർത്ഥമല്ല പരമാർത്ഥം തന്റെ സ്വരൂപമാണോ ആത്മാവാണോ എന്ന് പരമാർത്ഥത്തെ ബോധിക്കുകയും ചെയ്തു അതുകൊണ്ട് ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ നിഷേധിച്ചാൽ അത് നിലനിൽക്കുന്നോ അതിനെക്കുറിച്ച് പറയുന്ന എന്താണ് അനുവചനീയം എന്നാണ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചയ്ക്കവിടെ പ്രസക്തി ഉണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ച എവിടെയുള്ളൂ ഇതിനെല്ലാം വാസ്തവമായി യഥാർത്ഥമായി കരുതി ഇതിനോട് താതാത്മ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ അവസ്ഥയിൽ മാത്രമേ ഇതെല്ലാം ഉണ്ടോ ഇല്ലയോ എന്നുള്ള ഒരു ചർച്ചയ്ക്ക് പ്രസക്തി ഈ ദ്വൈതബോധത്തിൽ മാത്രമേ സദാസത് ോധത്തിന് പ്രസക്തിയുണ്ട് ഇതിനെ നിഷേധിച്ച കഴിഞ്ഞാൽ ആ നിഷേധ വിജ്ഞാനമാകുന്ന പ്രമാണം കൊണ്ട് ഭേദ നിവൃത്തി വന്നു കഴിഞ്ഞാൽ ഇതിന്റെ ഉന്മയെയും ഇല്ലായ്മയെയും കുറിച്ചുള്ള ചർച്ചയ്ക്കോടെ യാതൊരു പ്രസക്തിയും യാതൊരു സാധ്യതയും അതുകൊണ്ട് ഞാനി ഉറങ്ങുമോ ഞാനി ഉണരുമോ എന്നുള്ള കുത്തർഹങ്ങൾക്കൊന്നും ഇവിടെ ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ യാതൊരു നിലനിൽപ്പുന്നു അതവിടെ അപ്രസക്തമാണ് ഇവിടെ ഭേദ നിവൃത്തി സംഭവിക്കുന്നു ആത്മാവ് സ്വയം പ്രകാശിക്കുന്നു ഇത്രമാത്രമേ ഇത് ബോധിപ്പിക്കുന്നുള്ളൂ അത്രമാത്രമേ ബോധിക്കേണ്ടതായിട്ടും മിഥ്യാഭ്രാന്തികളെല്ലാം അവസാനിക്കുന്നു അത് വ്യക്തമാക്കിത്തരാൻ വേണ്ടിയിട്ടാണ് ജാഗ്രതത്തിനെയും സ്വപ്നത്തെയും നിഷേധിച്ചിട്ട് പ്രത്യക്ഷമായി നേരിട്ട് ബോധിച്ച് നമ്മളെ ബുദ്ധിമുട്ടിക്കാത്ത നമ്മളെ ബന്ധിക്കാത്ത ആ ബീജാവസ്ഥയെയും സുഷുതിയെയും ഇവിടെ നിഷേധിക്കുന്നത് അതിനെയും സങ്കല്പത്തിലൂടെ നിഷേധിക്കുന്നത് അടുത്ത് നപ്രജ്ഞ മിരി യുഗപദ് സർവ്വവിഷയ പ്രജ്ഞാതൃത്വ പ്രതിഷേധ ഇവിടെ എല്ലാ ഭാവങ്ങളും ഇവിടെ നിഷേധിച്ചു അതുകഴിഞ്ഞ് നിഷേധിക്കുന്നവനേയും നിഷേധിക്കുക അതാണ് ഇവിടെ ഇവിടെ നിഷേധിക്കുന്നത് തുരിയനൊന്നും നിഷേധിക്കാൻ തുര്യൻ ഒന്നിനെയും സ്വീകരിച്ചിട്ടില്ല അതുകൊണ്ടുതന്നെ തുര്യൻ ഒന്നിനെയും നിഷേധിക്കാനും ഇവിടെ നിഷേധിക്കേണ്ട ആരെ സ്വീകരിച്ചവനെയാണ് നിഷേധിക്കേണ്ടത് അവനെന്ത് പറയുന്നു പ്രജ്ഞാത എന്ന് പറയുന്നു ഇതിനെയെല്ലാം ഇങ്ങനെ ഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോ ഈ അവസ്ഥയിലിരുന്ന് ജാഗ്രത്തിനെയും സ്വപ്നത്തെയും സുഷൃപ്തിയെയും തുര്യനെയും എല്ലാം ഗ്രഹിക്കുന്നു തുര്യനെ കുറിച്ചുള്ള ബോധം ഇപ്പം ആർക്കാണ് ഉണ്ടാകുന്നത് തന്നെ കുറിച്ചുള്ള ഒരു ബോധം ഉണ്ടാക്കേണ്ട ആവശ്യമാണ് ബോധത്തെ ആർക്ക് സൃഷ്ടിക്കാൻ കഴിയത്തില്ല എന്തുകൊണ്ട് ബോധം സ്വയം പ്രകാശമാണ് സ്വയം സ്വന്തം ഉണ്മയിൽ തന്നെ നിലനിൽക്കുന്ന ഒരു വസ്തുവിനെ ഒന്നിനെ മറ്റൊന്നിനെ സൃഷ്ടിക്കാൻ കഴിയത്തില്ല മറിച്ച് നമ്മളിപ്പോ കാണുന്നു ജാഗ്രത് അടുത്തു പറയുന്ന എന്താണ് ഇതൊരു ഭാവനയാണ് ജാഗ്രത എന്ന് പറയുന്നത് നമ്മുടെ അനുഭവത്തിനും അങ്ങനെ പ്രജ്ഞാവിലാസം എന്ന് പറയുന്നു പ്രജ്ഞയുടെ വിലാസമാണ് അങ്ങനെയാണ് നമ്മൾ കാണുന്നത് പ്രജ്ഞാസ്പന്ദനം ചിത്തസ്പന്ദനം എന്നെല്ലാം പറയുന്നു അതാണ് ഈ ജാഗ്രത് ആരുടെ സ്പന്ദനം പ്രജ്ഞാതാവിന്റെ പ്രജ്ഞാതാവായി ഒരു തന്നുകൊണ്ട് അവന്റെ പ്രജ്ഞയിലൂടെ ഇതിനെല്ലാം വിഷയീകരിക്കുകയാണ് അപ്പം ആ വിഷയങ്ങളെ നിഷേധിക്കുക ഈ വിഷയങ്ങളെ ഇങ്ങനെ ഉൾക്കൊണ്ടുകൊണ്ട് മാറി മാറിക്കൊണ്ടിരിക്കുന്ന ആ പ്രജ്ഞകളെ നിഷേധിക്കുക ആ പ്രജ്ഞകളെന്തെയ്യുന്നു പ്രദക്ഷിണം മാറിക്കൊണ്ടിരിക്കുന്നു ഈ നിമിഷം എനിക്ക് ഇന്ന വസ്തുവിനെ ബോധമുണ്ടായാൽ അടുത്ത നിമിഷം മറ്റൊരു വസ്തുവിനെക്കുറിച്ച് ബോധമുണ്ടാകുന്നു അപ്പോൾ ആ പ്രജ്ഞ മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു പ്രത്യക്ഷമായ ബോധം നിരവധി ഭാവനകൾ സങ്കല്പങ്ങൾ ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നു മാറിക്കൊണ്ടിരിക്കുന്ന അസ്ഥായിയായിരിക്കുന്ന ഈ പ്രജ്ഞാവൃത്തികൾ സൂക്ഷ്മമായ അന്ധകരണവൃത്തികൾ ആ അന്ധകരണവൃത്തികളുടെ എല്ലാം ബന്ധിച്ചിരിക്കുന്ന ഒരു സ്ഥാനമാണ് ഒന്നിനെ കേന്ദ്രീകരിച്ചാണ് ഇത് ഉണർന്നു വരികയും അസ്തമിക്കുകയും ചെയ്യുന്നത് മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു അതാണ് പ്രജ്ഞാതാവ് അവൻ സർവവിഷയപ്രജ്ഞാതാവാണ് ആ പ്രജ്ഞാതാവിനല്ല തുര്യൻ എന്ന് പറയുന്നു അറിവിനും അറിവിന്റെ വിഷയത്തിനും അറിയുന്നവനായി നിൽക്കുന്നതിനും ആധാരമായിരിക്കുന്നു അതാണ് തുര്യൻ അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു ആ പ്രജ്ഞാതൃത്വത്തെ നിഷേധിക്കും പ്രജ്ഞാതാവാണെന്നുള്ള ആ ഭാവത്ത് നിഷേധിക്കും അതിന്റെ അനുഭവം എങ്ങനെ വരുന്നു ആ പ്രജ്ഞാതൃത്വത്തെയാണ് ഞാൻ എന്ന് നമ്മൾ അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാനെന്നറിഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് ഒന്ന് അതിനഹം എന്ന് പറയും ഭാഷകാരൻ അതിനെ തന്നെ എന്നും പറയും ആത്മപ്രത്യം എന്ന് പറയും എന്നെക്കുറിച്ചുള്ള ബോധം എന്നെ കുറിച്ചുള്ള ബോധമെന്ന് പറയുമ്പോൾ ആത്മാവിനെക്കുറിച്ചുള്ള ബോധം അതാണ് ഈ പ്രജ്ഞാതൃത്വത്തിന്റെ വ്യക്തമായ നമ്മുടെ അനുഭവം അതിനെ നിഷേധിക്കുന്നു അതിനെ നിഷേധിക്കുന്നത് രണ്ടു തരത്തിലാണ് ഒന്ന് ഞാൻ എന്ന് പറയുന്ന ഈ അനുഭവത്തിൻ്റെ ഒരു സ്വരൂപമുണ്ട് ആ അനുഭവത്തിനാണ് നമ്മൾ പറയുന്നത് എന്താണ് ഞാൻ അറിയുന്നവനാണ് ഞാൻ അനുഭവിക്കുന്നവനാണ് ഞെ തുറന്നു വരുന്നു ഞാൻ ഇച്ഛിക്കുന്നവനാണ് ഞാൻ പ്രവർത്തിക്കുന്നവനാണ് ഈ തരത്തിലുള്ള നമ്മുടെ ബോധത്തിൽ വരുന്ന ബോധത്തിന്റെ സർവ്വ അല്ലെങ്കിൽ നമ്മളുടെ അന്ധകരണത്തിന്റെ സർവ്വ വൃത്തികളെയും നമ്മൾ ബന്ധിപ്പിക്കുന്ന ആ അത് നമുക്ക് അനുഭവവേദ്യമായിരിക്കുന്ന എന്താണവിടെ ഈ ഞാനെന്നുള്ള അനുഭവത്തിന്റെ ആകാരം സംസ്കൃതത്തിൽ പറഞ്ഞാൽ വൃത്തി അനുഭവത്തിന്റെ ഈ പരിണാമം ആ പരിണാമം നമുക്ക് വ്യക്തമാണ് അതിന് നമ്മൾ കൊടുത്തിരിക്കുന്ന ഭാഷയാണ് ഞാൻ എന്ന് പറയുന്നത് അനുഭവം ഭാഷയിലേക്ക് മാറുമ്പോഴാണ് എന്നെ ഞാനെന്ന് വിളിക്കുന്നത് ഓരോ ഭാഷയ്ക്കനുസരിച്ചും അത് മാറുന്നു അതിന്റെ വാങ്മയമായ രൂപമെന്ന് അനുഭവത്തിന്റെ വാങ്മയമായ രൂപം അതാണ് ഞാനെന്ന് പറയുന്നത് ഓരോ ഭാഷയ്ക്കനുസരിച്ച് അഹമെന്നോ ഞാനെന്നോ ഒക്കെ മാറുന്നു അതിന്റെ ആ ഭാഷാമയമായ ആ രൂപത്തെ അതിനെയാണ് നിഷേധിക്കുന്നത് പ്രജ്ഞാതൃത്വം എന്ന് പറയുന്നത് ഞാൻ എന്നുള്ളതിന് നമ്മളെങ്ങനെ പരിചയപ്പെടുന്നു നമ്മുടെ ഭാഷയിലൂടെ പരിചയപ്പെടുന്നു എന്ന് പറഞ്ഞാൽ ശബ്ദാത്മകമായിട്ടാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഏതെങ്കിലും ഭാഷയിലൂടെ ഏതെങ്കിലും ഒരു ശബ്ദത്തെ അവിടെ ഉപയോഗിച്ചേ ശബ്ദാത്മകമായി നമ്മളതിനെ അറിയുന്നു അവിടെ ഒന്ന് ധരിച്ചു നോക്കുക മനസ്സിലാക്കാൻ ശ്രമിച്ചു നോക്കുക ശബ്ദാത്മകമായി അറിയുന്ന എന്തിനെയാണ് ആ ബോധത്തെ തന്നെ എങ്ങനെ അറിയുന്നു ഞാനൊന്നറിയുന്നു ഞാനൊന്ന് പറയുകയും ഞാനൊന്ന് സ്മരിക്കുകയും എല്ലാം ചെയ്യുന്ന ആ ബോധത്തിൽ അവിടെ അധികമായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നത് എന്താണ് ആ ശബ്ദ പഠിക്കാൻ ശബ്ദത്തിലൂടെയാണ് നമ്മളതിനെ ആ ശബ്ദാത്മകമായ അനുഭവത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ ശേഷിക്കുന്നെന്താണ് കേവലമായ ബോധം അതാണ് പ്രജ്ഞാതൃത്വ നിഷേധം എന്ന് പറയുന്നത് പരമാവധി നമുക്ക് ചിന്തിക്കാവുന്ന അതുവരെയാണ് അതിനെ നിഷേധിക്കാൻ പറ്റും ബോധത്തിൽ തന്നെ സ്ഫുരിക്കുന്ന ആ ശബ്ദാകാരം ശബ്ദപടിവ് അതിനെ നിഷേധിച്ചാൽ ബോധം നശിക്കും ബ്ദത്തെ നിഷേധിക്കുന്നു ശേഷിക്കുന്നത് എന്താണോ അതിനാണ് ഇവിടെ പറയുന്നത് തുരിയൻ എന്ന് പറയുന്നത് ആ തുര്യന്റെ പ്രകാശത്തിന് ഞാനെന്നുള്ള ഈ ശബ്ദാകാരത്തിന്റെ ആവശ്യമില്ല അതിനെ അതിൽ എന്തിനു വേണ്ടി ഈ വിഷയവിജ്ഞാനത്തിന് വേണ്ടി തുര്യൻ എന്ന് പറയുന്നതോ നമുക്ക് ഈ വിഷയവിജ്ഞാനത്ത് നൽകുന്നതല്ല മറിച്ച് ഈ സർവ വിഷയവിജ്ഞാനങ്ങൾക്കും ആധാരമായി നൽകുന്നതാണ് തുര്യൻ നമുക്ക് വിഷയവിജ്ഞാനത്ത് നൽകുന്നില്ല പക്ഷെ എല്ലാ വിഷയവിജ്ഞാനങ്ങൾക്കും ആധാരമായിരിക്കുന്നു അങ്ങനെയിരിക്കുന്ന ആ തുര്യനിൽ ഈ വിഷയവിജ്ഞാനത്തെ ഉണ്ടാക്കുന്ന ആരാണ് ഈ പ്രജ്ഞാതാവ് അവനെയാണ് നമ്മൾ വിളിക്കുന്നത് ഞാൻ അവന് ശബ്ദം കൊണ്ട് നമ്മൾ സ്വയം ബോധ്യപ്പെടുത്തുന്നതാണ് ഞാൻ അതിലാ ശബ്ദത്തെ നിഷേധിച്ചാൽ ആ ശബ്ദാത്മകതയെ നിഷേധിച്ചു ശേഷിക്കുന്നത് അതാണ് തുരിയൻ അപ്പോൾ യുഗപത് സർവവിഷയപ്രജ്ഞാതൃത്വം അത് ജാഗ്രത ആയിക്കൊള്ളട്ടെ സ്വപ്നമായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ ജാഗ്രത സുഷുപ്തിയെക്കുറിച്ചുള്ള ഭാവനകളായിക്കൊള്ളട്ടെ സ്മരണയോ അനുമാനമോ എന്തോ ആയിക്കൊള്ളട്ടെ ഇനി അതിനപ്പുറം ഇതിനെല്ലാം നിഷേധിക്കുന്ന തുര്യനെക്കുറിച്ചുള്ള നമ്മുടെ സങ്കല്പങ്ങൾ ആയിക്കൊള്ളട്ടെ ഇതെല്ലാം ആശ്രയിച്ചു നിൽക്കുന്നത് ഈ ഞാൻ എന്നുള്ള അനുഭവത്തെ തുടർന്നാണ് അത് സ്ഥായിയായി തന്നെ നിൽക്കുന്നു ജാഗ്രത്തിനും സ്വപ്നത്തിനും സുഷു സുഷുതിയിൽ ഉള്ള വ്യത്യാസം ഇതാണ് അവിടെ അത് ശബ്ദാത്മകമായി നിലനിൽക്കുന്നുണ്ട് പ്രജ്ഞാദാഗ്രത്തിലും അറിയുന്നുണ്ട് ഞാനിതാ ഉണർന്നിരുന്ന് എല്ലാത്തിനെയും അറിയുന്നു സ്വപ്നത്തിനും അറിയുന്നുണ്ട് ഞാനിതാ ഉണർന്ന് എല്ലാത്തിനെയും കാണുന്നു സുഷുദ്ധിയിൽ ഞാനിതാ ഉണർന്നിരുന്ന് ഉറങ്ങുന്നു എന്ന് പറയാൻ പറ്റുന്നു എന്നാൽ സുഷുതിയെക്കുറിച്ച് നമുക്ക് ഒരുപാട് ചിന്തിക്കാനും കഴിയുന്നുണ്ട് ഒരുപാട് വ്യാഖ്യാനിക്കുന്നു സംസാരിക്കുന്നു അവിടെ എന്താ വ്യത്യസ്തമായി എന്താ സംഭവിക്കുന്നത് അവിടെ ഈ ബോധസ്ഫുരണം ഞാൻ എന്ന് പറയുന്ന ശബ്ദാത്മകമായ ഈ രൂപത്തെ ആശ്രയിക്കാതെ നിലനിൽക്കുന്നു അതുകൊണ്ടവിടെ പ്രജ്ഞാതൃത്വം അവിടെ ഇല്ല അങ്ങനെയില്ലെങ്കിലും നമ്മൾ പറയുന്ന എന്താണോ ഉണരുമ്പോഴും ഞാനുണ്ട് സ്വപ്നത്തിലും ഞാനുണ്ട് ഉറക്കത്തിലും ഞാനുണ്ടെന്ന് പറഞ്ഞു മറ്റു രണ്ട് ശരിയാണെന്താണോ ഉണർന്നിരുന്നപ്പോ ഞാനുണ്ട് സ്വപ്നത്തിലും ഞാനുണ്ട് പക്ഷേ ഉറങ്ങിയപ്പോ ഞാനുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നെന്ന് നമ്മൾ ഉണർന്നതിനുശേഷം ഭ്രാന്തമായി ധരിച്ചു പോവുകയാണ് ഉറക്കത്തിൽ ഞാനുണ്ടായിരുന്നു എന്തുകൊണ്ട് എവിടെയാണോ ഞാനുള്ളത് അപ്പോൾ എനിക്ക് ആ ഞാനെന്നെ അറിയാതിരിക്കാനൊക്കത്തില്ല അതിൽ നിന്നാണ് ബാക്കി സർവവും തുടങ്ങുന്നത് ഉണർന്നിരിക്കുമ്പോൾ ഞാനുണ്ടായിരിക്കുകയും ഞാൻ എന്നെ അറിയാതിരിക്കാൻ സംഭവിക്കത്തില്ല ആ ആശ്രയിച്ചിട്ടാണ് സർവ്വകാര്യങ്ങൾ സംഭവിക്കുന്നത് സ്വപ്നത്തിനും അതിനെ ആശ്രയിച്ച് സർവവും നടക്കുന്നു അതുകൊണ്ട് ഈ ഞാനെന്ന് പറയുന്നത് ജാഗ്രതത്തിനും സ്വപ്നത്തിനുമേ സർവ വിഷയവിജ്ഞാതൃത്വ പ്രതിഷേധം അവിടെ സംഭവിക്കുന്നുള്ളൂ സുഷുതിയിലെന്താണ് ഞാനില്ല ഞാനില്ല എന്ന് പറഞ്ഞാൽ സുഷുതിയിൽ ആ ബോധസ്ഫുരണത്വം അതിന് ഇവിടെ പറയും സാധകസ്ഫുരണമെന്ന് പറയും സുഷുതിക്കും ആധാരമായിട്ടുള്ള സ്ഫുരണം അതിന് ഞാനെന്നുള്ള ഈ ശബ്ദാത്മകമായ രൂപമില്ല അതെവിടെയില്ല അതുകൊണ്ടാണ് ഞാനില്ലാന്ന് പറഞ്ഞത് ബോധമില്ല എന്നുള്ള അർത്ഥത്തിലല്ല എപ്പോഴാണോ ആ ശബ്ദാത്മകമായ ഭാവം വരുന്നത് ഉടൻ അവിടെ പ്രജ്ഞാതൃത്വം പോയി ഉടൻ ആ ജീവൻ ഒന്ന് ജാഗ്രത്തിലേക്ക് അല്ലെങ്കിൽ സ്വപ്നത്തിലേക്ക് അല്ലെങ്കിൽ മറ്റേതെങ്കിലും അവസ്ഥകളിലേക്ക് അവൻ തന്നെ സൃഷ്ടിക്കുന്ന സമാധിയോ അല്ലെങ്കിൽ അതുപോലുള്ള അവസ്ഥകളിലേക്കൊക്കെ പോകാം പക്ഷെ എവിടെയാണോ ഈ ശബ്ദാത്മകമായ ഞാനെന്നുള്ള ഈ ഭാവം നിലനിൽക്കാത്തത് അവിടെ ബോധം നിശ്ചലമായി ജാഗ്രതത്തിനും സ്വപ്നത്തിനുമൊക്കെ എന്താണോ ബോധം ചലിക്കുന്നത് അതാണ് അതിന്റെ വൃത്തി ആകാരം വടിവ് എന്നെല്ലാം പറയുന്നു സൃഷ്ടിയിലാണെങ്കിലോ ഇനി ശബ്ദാകാരം ശബ്ദാകാരമില്ലാത്തതുകൊണ്ടത് നിശ്ചലമായിരിക്കും ആ നിശ്ചലത അതാണ് തുരിയന്റെ യഥാർത്ഥമായ നില ആ ബോധത്തിന്റെ നിശ്ചലം സർവ്വ ആകാരങ്ങളെയും ഇടിഞ്ഞു നിൽക്കുന്ന അവസ്ഥ ജാഗ്രതത്തിൽ അത് ഞാൻ മാത്രമല്ല നാനാതരത്തിലുള്ള വിഷയങ്ങൾ ആ വിഷയത്തെക്കുറിച്ചുള്ള ഉണർവുകൾ ഇങ്ങനെ നാനാ ആകാരങ്ങളെ പ്രാപിച്ചു നിൽക്കുകയാണ് ജാഗ്രത സ്വപ്നത്തിനോ അവിടെയെല്ലാം ഈ പ്രജ്ഞാതൃത്വം ഇങ്ങനെ അതുകൊണ്ട് നമ്മളെല്ലാം പ്രജ്ഞാവാൻമാരായിട്ടിരിക്കും ബോധമുള്ളവരായിരിക്കും ഞാൻ ഞാനെന്ന് വ്യവഹരിച്ചുകൊണ്ട് അറിയുന്നു ആഗ്രഹിക്കുന്നു പ്രവർത്തിക്കുന്നു എല്ലാ വിഷയവ്യാപാരങ്ങളും നടക്കുന്നു ഇവിടെ എന്ത് ചെയ്യുന്നു അതിനെ നിഷേധിക്കുന്നു തുര്യൻ സ്വതേ പ്രകാശിക്കുന്ന സ്ഥാനമാണ് എന്നുവെച്ചാൽ ഞാനെന്നുള്ള ശബ്ദാകാരത്തെ സ്വീകരിക്കാതെ പ്രകാശിക്കുന്ന സ്ഥാനമാണ് സൃഷ്ടിയെങ്കിലും അവിടെ എന്താണ് ബീജഭാവം അവിവേകം എല്ലാം നിലനിൽക്കുന്നു അതിനാണ് അവിദ്യ മായ എന്നെല്ലാം ഉള്ള പേരുകളിൽ പറയുന്നു അങ്ങനെ ഒന്നിനെ നമുക്കവിടെ കൽപ്പിക്കേണ്ടി വരും നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ ജാഗ്രത ഉണ്മയുടെ നിലയിൽ നിന്നും പറയുന്നതല്ല കാരണം ജാഗ്രതത്തിലും സ്വപ്നത്തിലും എല്ലാം ഈ തുരിയൻ ഈ ഞാനെന്നുള്ള ആകാരത്തെ വിട്ട് സ്വതസിദ്ധമായി പ്രകാശിച്ചുകൊണ്ടുതന്നെ ഇരിക്കുന്നു ഈ ഞാനെന്നുള്ള ആകാരത്തിനോ അതിനെ തുടർന്ന് വരുന്ന എന്റേത് തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും ആ തുര്യനെ സ്പർശിക്കാനേ കഴിഞ്ഞു എന്നാലും അവൻ സംസാരിയായിരിക്കുന്നു സംസാരമുക്തനാകാൻ കഴിഞ്ഞു നിത്യമുക്തനായിരുന്നു കൊണ്ട് തന്നെ സംസാരിയായിരിക്കുന്നു അതാണ് തുര്യന്റെ ജാഗ്രത സ്വപ്നത്തിന് ഇത് സംഭവിക്കുന്നത് പോലെ ഇതിന് സമാനമായി ഒന്ന് സുഷൃതിയിൽ സംഭവിക്കുന്നു സുഹൃപ്തിയിൽ അവനെന്ത് ചെയ്യുന്നു നിത്യമുക്തനായി ജാഗ്രത്തിനെയും സ്വപ്നത്തെയും അപേക്ഷിച്ച് ഉപാധിരഹിതനായി അവന് പ്രകാശിക്കുന്നുണ്ടെങ്കിലും അവന് നമുക്ക് അസംസാരി എന്ന് പറയാൻ പറ്റുന്നില്ല കാരണം ഇന്ന് പറഞ്ഞു എന്താണ് പ്രദീക്ഷണം ഈ ജാഗ്രത്തിൽ നിന്നും ഈ സ്വപ്നത്തിൽ നിന്നും ആ സുഷുപ്തനിലേക്ക് വിലയീഭാവം പ്രാപിച്ചിട്ടും ഏകീഭാവം പ്രാപിച്ചിട്ടും തനിക്ക് സംസാരമുക്തി ഉണ്ടാകുന്നു വീണ്ടും ബന്ധനസ്ഥനായി തന്നെ തുടർന്നുകൊണ്ടേയിരിക്കും ആ ഏകീഭാവത്തിൽ നിന്ന് വീണ്ടും ബന്ധനത്തിലേക്ക് തന്നെ വരുന്നതുകൊണ്ട് ആണ് പറയുന്നത് എന്താണ് അവിടെ ബീജഭാവ അവിവേകരൂപം അവിടെ ഉണ്ടോ അല്ലാതെ അവിടുത്തെ എന്തെങ്കിലും നിദ്രയെയോ അജ്ഞാനത്തെയോ മറ്റെന്തിനെയെങ്കിലും നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ട് പറയുകയാണ് ആത്മാവല്ലാതെ രണ്ടാമതൊന്നില്ല അസ്തിത്വത്തെ അവിടെ സമർത്ഥിച്ചുകൊണ്ട് പറയുന്നേ മറിച്ച് ഇത് നമ്മുടെ അനുഭവമായിരിക്കുന്നുകൊണ്ട് പറയുകയാണ് എന്തുകൊണ്ട് സുഹൃഷ്തിയിലായ ഏകീഭവനത്തിന് ശേഷം തനിക്ക് മുക്തി സംഭവിക്കുന്നില്ല അതുകൊണ്ട് പറഞ്ഞു എന്താണ് ബീജഭാവ അവിവേകം അങ്ങനെ ഒന്നിനെ ഗത്യന്തരമില്ലാതെ അംഗീകരിക്കേണ്ടി വരും എന്നാൽ അത് വിശേഷപ്പെട്ട സ്ഥാനവുമാണ് അപ്പോ അത് വിട്ടുവീണ്ടും ജാഗ്രതയിലേക്ക് വരുമ്പോൾ അവന് പ്രജ്ഞാതൃത്വം വരുന്നു അവൻ അവന് ബോധ്യപ്പെടുന്നു എന്താണ് ഞാൻ സംസാരിയാണ് ഞാൻ അജ്ഞനാണ് ഈ ബോധ്യപ്പെടൽ ഇല്ലാതിരിക്കുന്ന ഒരവസ്ഥയാണ് സുഷൃപ്തി എന്ന് പറയുന്നത് ജാഗ്രതങ്ങനെയാണ് മറ്റാരോട് ചോദിക്കേണ്ട ആവശ്യം വരുന്നത് നീ സംസാരിയാണോ നീ അജ്ഞനാണോ സ്വ അനുഭവമായി തന്നെ നിൽക്കുന്നു അതിനു കാരണമായിരിക്കുന്ന എന്താണോ നീ ഞാൻ എന്നുള്ള ശബ്ദാത്മകമായ ഈ വടിവിൽ നിന്ന് തുടങ്ങുന്ന പ്രപഞ്ചാനുഭവമാണ് അതിനെ ആശ്രയിച്ചു കൊണ്ടുവരുന്ന പ്രപഞ്ചാനുഭവമാണ് ഈ തിരിയെ കുറിച്ച് പറയുമ്പോൾ അടുത്ത് പറയും ഇതിനെക്കുറിച്ച് ഒന്നുകൂടി വിശദീകരിക്കും ഇവിടെ ആ വിഷയപ്രജ്ഞാതൃത്വത്തിന്റെ നിഷേധം അതിനുവേണ്ടി പറയുന്നു നപ്രജ്ഞം അതുകൊണ്ട് ആണ് എപ്പോഴും ആവർത്തിച്ചു ആവർത്തിച്ച് പറയുന്നത് ബന്ധം നമ്മുടെ അനുഭവമാണ് പ്രത്യക്ഷമായ അനുഭവം ഇത് പ്രജ്ഞാതാവിന്റെ സൃഷ്ടിയാണ് മോക്ഷമെന്ന് പറയുന്നതോ നമ്മുടെ ഭാവന അല്ലെങ്കിൽ സങ്കല്പമാണ് അതും ഈ പ്രജ്ഞാതാവിന്റെ സൃഷ്ടിയാണ് ഇത് രണ്ടിനെയും ഇവിടെ നിഷേധിക്കുക നമ്മൾ ബന്ധനത്തെക്കുറിച്ചുള്ള നമ്മുടെ അനുഭവത്തെ വിട്ടിട്ട് മോക്ഷത്തെക്കുറിച്ചുള്ള സങ്കല്പങ്ങളിൽ മുഴുകുന്നതുകൊണ്ട് നമ്മുടെ ഭാവനകളിൽ നമ്മുടെ ധാരണകളിൽ എത്തിച്ചേരുന്നതുകൊണ്ട് ഒരിക്കലും നമുക്ക് മുക്തനാകാൻ കഴിയത്തില്ല നമുക്ക് അങ്ങനെയുള്ള ഭാവനകളിൽ എത്തിച്ചേരാം ഇന്ന ഇന്നതായിരിക്കും എന്തുകൊണ്ട് അവിടെയും ഈ ഭാവനകളെ സൃഷ്ടിക്കുന്നത് മുക്തിയെക്കുറിച്ചുള്ള സങ്കല്പങ്ങളെ സൃഷ്ടിക്കുന്നത് മുക്തിയെക്കുറിച്ചുള്ള നമ്മുടെ ദൃഢമായ ബലമായ ധാരണകളെ നിലനിർത്തുന്ന ആരാണ് ഈ പ്രജ്ഞാതാവാൻ അവനെന്ന് ശരിക്കും അതാണ് പരമാർത്ഥം എന്തുകൊണ്ട് എന്നാലേ അദ്വൈതം ഇവിടെ അവസാനം കൊണ്ട് അവസാനിപ്പിക്കുന്നതാണ് ശാന്തം ശിവം അദ്വൈതം അദ്വൈതത്തിൽ എത്തിച്ചേർണമെങ്കിൽ അതെല്ലാം പോകണം അതിനുവേണ്ടി ആ പ്രജ്ഞാതത്വത്തെ ഇവിടെ നിഷേധിക്കുന്നു അങ്ങനെ നിഷേധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ സർവ അനുഭവങ്ങൾക്കും നമ്മുടെ ബോധസ്ഫുരണത്തെ ആശ്രയിച്ചു നമ്മുടെ ഈ അന്തക്കണ വ്യാപാരങ്ങൾക്കും സർവത്തെയും നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നീട് ശൂന്യമാകാമോ ഇല്ല അചൈതന്യ പ്രതിഷേധ അചൈതന്യത്തെ നിഷേധിക്കും ചൈതന്യത്തിന്റെയും അഭാവത്തെ നിഷേധിക്കും അല്ലെങ്കിൽ ചൈതന്യരഹിതമായ ജഡാവസ്ഥ നിഷേധിക്കുക അങ്ങനെ അവിടെ എവിടെയെങ്കിലും എത്തിച്ചേരുമോ എന്തുകൊണ്ടങ്ങനെ സംശയിക്കുന്നത് കാരണം ചൈതന്യമാണ് ചിന്തിക്കുന്നത് ചൈതന്യമാണ് സങ്കല്പങ്ങളെല്ലാം ചെയ്യുന്നത് ചൈതന്യമാണ് ബന്ധത്തെക്കുറിച്ചും മോക്ഷത്തെക്കുറിച്ചുമെല്ലാം പല കൽപ്പനകളെയും ഉണ്ടാക്കിയെടുക്കുക ഇവിടെ എന്ത് ചെയ്യുന്നു ആ കൽപ്പനകൾക്കെല്ലാം ആധാരമായിരിക്കുന്ന പ്രജ്ഞാതാവിനെ നിഷേധിച്ചു കഴിഞ്ഞു അപ്പോൾ ഈ മനസ്സിൽ ഇങ്ങനെ പൊന്തി മറഞ്ഞുകൊണ്ടിരിക്കുന്ന അനേകായിരം സങ്കല്പങ്ങൾ അതെന്തിനെക്കുറിച്ചായാലോചി ആ സങ്കല്പങ്ങൾക്കൊന്നും യാതൊരു നിലനിൽപ്പുമില്ലെന്ന് പറഞ്ഞു അങ്ങനെ സർവസങ്കല്പങ്ങളെയും സങ്കല്പിക്കുന്നവരെയും നിഷേധിച്ചു കഴിഞ്ഞാൽ അത് ചൈതന്യത്തിന്റെ നിഷേധമായി സങ്കല്പറ ചൈതന്യമാണ് ബോധമാണ് ബോധത്തെ നിഷേധിച്ചാൽ പിന്നെ ശേഷിക്കുന്ന എന്താണ് ബോധത്തിന് നേരെ വിപരീതമായുള്ളത് ജഡം അതാണോ പറഞ്ഞു വരുന്നത് ചിലരങ്ങനെ ആത്മാവിനെ കുറിച്ച് പറയുന്നുണ്ടിത് ജഡാത്മകമാണ് ഇങ്ങനെയൊക്കെ ആത്മാവിനെ കുറിച്ച് സങ്കല്പിക്കുന്നവരും കാരണം ചൈതന്യം ബോധമാണ് ആത്മാവെന്ന് അവർക്ക് ഉറപ്പിക്കാൻ പറ്റുന്നില്ല എന്തുകൊണ്ട് ഈ ബോധം മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു നിരന്തരം ചലിച്ചുകൊണ്ടിരിക്കുന്നു ഒരു വിഷയത്തിൽ നിന്ന് വേറൊരു വിഷയത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു ഇതിനെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെന്താ പിന്നെ സങ്കല്പിക്കാവുന്ന എന്തിനെ കുറിച്ചാണ് ജഡത്തെക്കുറിച്ചാണ് ചൈതന്യരഹിതമായൊരവസ്ഥ ഭാവന ചെയ്യാനുള്ള അങ്ങനെ ഒന്നില്ല ഇപ്രപഞ്ചത്തിൽ പഞ്ചത്തിന് ആധാരമായി ചൈതന്യം നിൽക്കുന്നതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ജഡം എന്ന് പറയുന്ന ഒരു വസ്തുവേയില്ല നമ്മൾ ചിന്തിക്കാതെ കൽപ്പിച്ചെന്നിരിക്കും എന്താണോ ഈ മേശ ജഡമാണെന്ന് നമുക്ക് പറയാം എന്തുകൊണ്ട് ഇത് മുമ്പ് ജീവൻ ഉണ്ടായിരുന്നൊരു വസ്തുവാണ് മരം അതിനെ വെട്ടി നശിപ്പിച്ചു അതിന്റെ ജീവനെ നശിപ്പിച്ചു ജീവനശിച്ചതിന്റെ ജീവൻ നശിച്ചതിന്റെ അടയാളമാണെന്ത് അത് ഉണങ്ങിപ്പോയി അത് മൃതമായി മൃതശരീരമായി അതുകൊണ്ട് പിന്നെ മേസി ഉണ്ടാക്കി അതില് ജീവന്റെ ലക്ഷണമൊന്നുമില്ല അതുകൊണ്ട് ഇത് ജഡമാണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം പക്ഷേ പരമാർത്ഥത്തിൽ ഇത് ജഡമല്ല എന്തുകൊണ്ട് നിങ്ങൾ അതിന്റെ ജീവൻ അനശിപ്പിച്ചു എന്ന് പറയുന്നത് പരമാർത്ഥമാണ് ജീവൻ എന്ന് പറയുന്നത് എന്താണ് ഈ ചൈതന്യത്തിന്റെ ഒരു സ്ഫുരണമാണ് ജീവൻ പറയുന്നത് നമ്മൾ ജഡം എന്ന് കാണുന്നതോ അത് ചൈതന്യത്തിന്റെ മറ്റൊരു സ്ഫുരണമാണ് എന്തുകൊണ്ട് അതിനെ പരിശോധിച്ചാൽ എന്താണ് മനസ്സിലാക്കുന്നത് അത് പഞ്ചഭൂതമാണ് പഞ്ചഭൂതങ്ങൾ സൂക്ഷ്മമായ തന്മാത്രകളാണ് ആ തന്മാത്രകൾ എന്താണ് ആ തുര്യന്റെ ശക്തിയുടെ വിലാസങ്ങളാണ് അപ്പോൾ ആ തുര്യന്റെ മറ്റൊരു വിധത്തിലുള്ള സ്ഫുരണമാണ് ജഡമെന്ന് പറയുന്നത് അതുകൊണ്ട് പ്രപഞ്ചത്തിൽ നമുക്ക് അങ്ങനെ ശുദ്ധമായ ചൈതന്യരഹിതമായ ഒന്നും നമുക്ക് വേറെതിരിക്കാൻ പറ്റത്തില്ല ജീവനും ജടവും ഒന്ന് വേറെതിരിക്കാം ജീവൻ എന്ന് പറയുന്ന എന്താണോ മുൻപ് ഇതിൽ ചൈതന്യം പ്രകടമായിരുന്ന മറ്റൊരവസ്ഥ ഇത് മരമായിരുന്നപ്പോ ഇതിൽ ചൈതന്യം ജീവഭാവത്തിൽ പ്രകടമാണ് ഇത് വെറും തടിയായിരിക്കുമ്പോഴോ ചൈതന്യം മറ്റൊരു തരത്തിൽ ഇത് പ്രകടമായിരിക്കുന്നാണത് അതുകൊണ്ടാണ് പറയുന്നത് എന്താണോ സർവപ്രപഞ്ചവും ചൈതന്യത്തിൽ അധ്യസ്തം അധ്യസ്ഥമായിരിക്കുന്ന ഒന്നും തന്നെ അതിന്റെ അധിഷ്ഠാനത്തിൽ നിന്നും വേറെയല്ല ഇതൊക്കെ സാങ്കേതികമായി വേദാന്തത്തിൽ പറയുന്നതാണ് രജ്ജുവിൽ നിന്നും വേറിട്ട് സർപ്പമില്ല സർപ്പം ആ രജ്ജു തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് ചൈതന്യം വ്യതിരിക്തമായി ചൈതന്യതിരിക്തമായി ഒന്നും തന്നെ ഇല്ല അതുകൊണ്ട് ജഡമെന്നുള്ളതെന്താണ് ഒരു കല്പന മാത്രമാണ് അങ്ങനെ ഒരു കല്പനയെ നിഷേധിക്കാൻ വേണ്ടി ഇവിടെ പറഞ്ഞു രണ്ടു തരത്തിലുള്ള സങ്കല്പങ്ങളാണ് വരുന്ന ഒന്ന് ചൈതന്യരഹിതമായ ജഡം കേവല സങ്കല്പമാണ് സങ്കല്പത്തിന അപ്പുറം ചിന്തിക്കാതെയാണ് വിവേകമില്ലാത്ത സങ്കല്പത്തിനപ്പുറം അതിനൊരർത്ഥമല്ല മറ്റൊരർത്ഥം വരുന്ന എന്താണ് ശൂന്യത ശൂന്യത എന്ന് പറയുന്ന ഇതുപോലെയാണ് ശൂന്യത എന്ന് പറയുന്നത് നമ്മൾ കരുതുന്ന എന്താണ് ഒന്നുമില്ലാത്തത് എന്നാണ് ഒന്നുമില്ലാതെ ഒന്നുമില്ലായ്മ എന്ന് പറയുന്നത് വാസ്തവത്തിന് എന്താണ് ഒരു കല്പനയാണ് അപ്പോൾ ഒന്നുമില്ലായ്മ എന്നുള്ള കൽപ്പന ആ കല്പനയുണ്ടല്ലോ ആ ഭാവനയുണ്ടല്ലോ അപ്പോൾ പിന്നെ ഒന്നും ഇല്ലായ്മയെക്കുറിച്ചുള്ള കൽപന നിലനിൽക്കുമ്പോ ഇതിന് ഒന്നുമില്ലായ്മ എന്നുള്ളതിന് എന്താണ് അർത്ഥം അതിന്റെ താല്പര്യം എന്താണ് ഒന്നുമില്ലായ്മയെ കുറിച്ചുള്ള ഭാവന എന്നാണ് ഒന്നുമില്ലായ്മയെ കുറിച്ചുള്ള കൽപ്പന എന്നാണ് അപ്പൊ ഒന്നുമില്ലായ്മയെ കുറിച്ചുള്ള കല്പന അല്ലെങ്കിൽ ഭാവനയാണ് നമ്മൾ ഒന്നുമില്ലായ്മ എന്ന് വിളിക്കുന്നത് അപ്പൊ പരമാർത്ഥത്തിൽ അവിടെ ഉണ്ടല്ലോ എന്താണ് ഭാവന അല്ലെങ്കിൽ കൽപ്പന ഭാവന കൽപ്പന എന്ന് പറയുന്നത് എന്താണ് അത് ചൈതന്യമാണ് ഒന്നുമില്ലായ്മ എന്ന് പറയുന്നത് പരമാർത്ഥത്തിൽ ഇതെന്തായി ചൈതന്യം ശൂന്യത എന്ന് പറയുന്നത് ചൈതന്യമാണ് ചൈതന്യമല്ലാതെ ശൂന്യതയെക്കുറിച്ച് നമുക്ക് ഒരു സങ്കല്പവും സാധ്യമാണ് സങ്കല്പിക്കണമെങ്കിൽ അവിടെ ചൈതന്യം അപ്പൊ ശൂന്യത എന്ന് പറയുന്നത് എന്തായി മാറി കേവലമായ ചൈതന്യം അതുകൊണ്ടാണ് ശൂന്യതയെ കുറിച്ച് പറയുന്നത് അത് സത്തല്ല അത് അസത്തല്ല സത് അസതുഭയമല്ല സദ ഈ തരത്തിൽ പറയുന്നത് ചൈതന്യം അനുവചനീയമാണ് അതുകൊണ്ട് അതിനെ ഇങ്ങനെയൊക്കെ പറയാൻ പറ്റും അതുകൊണ്ട് അതിനെ നിഷേധിക്കുക അല്ലെങ്കിൽ ജഡത്തെ നിഷേധിക്കുക പരമാർത്ഥം എന്താണോ ആ ചൈതന്യം ജഡമോ ശൂന്യമോ അല്ല എന്ന് പറഞ്ഞജ്ഞം എന്ന് പറഞ്ഞ് അ ചൈതന്യത്തെ നിഷേധിച്ചത് ഈ ഭാഗങ്ങളിലെല്ലാം ഭാഷകാരൻ ഓരോ വാക്യമെടുത്ത് കൂടുതൽ വിശദീകരിക്കാത്തത് മറ്റ് ഭാഷ്യ ഭാഗങ്ങളിൽ ബൃഹദാരണ്യപുൻഷത്വ പോലെയുള്ള ഭാഷ്യഭാഗങ്ങളിൽ ഈ കാര്യങ്ങൾ ഒരുപാട് വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അക്കാര്യം ഇവിടെ കൂടുതൽ വിശദീകരിക്കാറ് അശുവിന്യതയുടെ നിഷേധത്തെക്കുറിച്ചും ജടത്തിന്റെ നിഷേധത്തെക്കുറിച്ചും അവിടെ ശരിയായ രീതിയിൽ വ്യക്തമാകുന്നുണ്ട് അതുകൊണ്ടിവിടെ അത് കൂടുതൽ കൂടുതൽ വിശദീകരിച്ചിട്ടില്ല അതിന്റെ താൽപര്യം എന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് ഇക്രിയും നിഷേധിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു ചോദ്യം ചോദിക്കുകയാണ് കഥം പുനഃ അന്ധപ്രജ്ഞത്വാദീനാം ആത്മനിഗമ്യമാനാനാം സർപ്പാദിയുഷേധ അസത്വ ഗമ്യത ഇവിടുത്തെ ഒരു ചോദ്യമാണ് രജ്ജൽ സർപ്പത്വം നിഷേധിച്ചു അവിടെ ആർക്കും അഭിപ്രായ വ്യത്യാസമുള്ളതല്ല ഭ്രാന്തി എന്ന് പറയുന്നുണ്ടാകുന്നു എന്നുള്ളത് അത്രയൊരു അനുഭവം രജൂർ സർപ്പമായിട്ടോ മറ്റെന്തെങ്കിലുമായിട്ടോ വിപരീതാനുഭവങ്ങൾ ദിനം പ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് അവിടെ അത് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായത് അബദ്ധമായിരുന്നുവെന്ന് പിന്നീട് ബോധമുണ്ടാകുന്നു എന്നുള്ള കാര്യത്തിനും ആർക്കും അഭിപ്രായ വ്യത്യാസമുണ്ട് സർവസമ്മതമായ കാര്യം തന്നെയാണ് പക്ഷേ അതുപോലെ ഈ ജാഗ്ര സ്വപ്ന സുഷുതി എല്ലാം അതുപോലെ അസത്താണ് അല്ലെങ്കിൽ മിഥ്യമാണ് പരമാർത്ഥമല്ല എന്നെല്ലാം പറയുന്നത് എങ്ങനെ ശരിയാകും ദൃഷ്ടാന്തവും ദാർഷ്ടാന്തികതയും തമ്മിൽ യോജിപ്പില്ല എന്നാണ് പറയുന്നത് അതിന് സമാനതകളില്ല ഒന്ന് സർവസമ്മതമായ കാര്യത്തെ നിങ്ങൾ ഉദാഹരണമായി പറയുന്നു എന്നിട്ട് നിങ്ങൾ സമർദ്ദിക്കാൻ ശ്രമിക്കുന്ന എന്താണ് വളരെ വിവാദമുള്ള ഒരു കാര്യം തെറ്റോ ശരിയോ എന്ന് നിർണ്ണയിക്കാൻ കഴിയാത്ത ഒരു കാര്യത്തെയാണ് നിങ്ങൾ സർവസമ്മതമായ ഒരു കാര്യം സമർദ്ദിക്കാൻ ശ്രമിക്കുന്നത് ഇത് ശരിയല്ല എന്നാണ് പറയുന്നത് അതാണ് പിന്നെ ആത്മനിഗമ്യമാനാണ് എന്തുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഇത് നമ്മളിൽ അനുഭവപ്പെടുന്ന കാര്യങ്ങൾ ഭ്രാന്തി അങ്ങനെയല്ല ഭ്രാന്തിയെ നിഷേധിച്ചു കഴിഞ്ഞാൽ അവനത് ബോധ്യപ്പെടുന്നു അടുത്ത നിമിഷം പിന്നെ അവന് ഭ്രാന്തിയുടെ അനുഭവമില്ല രജുവനും സർപ്പത്തെ നിഷേധിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ സർപ്പത്തെ കാണുന്നില്ല സർപ്പം അവിടെ അപ്രത്യക്ഷമായി സ്പഷ്ടമായി നിഷേധിക്കാനും സ്പഷ്ടമായി ബോധ്യപ്പെടാനും അവിടെ സാധിക്കുന്നു അതുകൊണ്ട് അത് ഭ്രാന്തിയാണ് എന്ന് സമ്മതിക്കാം പക്ഷെ ഇവിടെ അങ്ങനെയാണ് ആത്മനി ഗമ്യമാനാനാം ഇവിടെയെല്ലാം തന്നെ അനുഭവപ്പെടുകയാണ് നിങ്ങൾ പറയുന്നു ഈ ജാഗ്രത സത്യമല്ല പക്ഷെ ഇത് പറഞ്ഞു കേട്ടതിനുശേഷം വേണ്ടി ജാഗ്രത സത്യമായി തന്നെ അനുഭവപ്പെടുന്നു സ്വപ്ന സത്യമല്ല എന്ന് ബോധിപ്പിക്കുന്നു സുഷുതി സത്യമല്ല എന്ന് ബോധിപ്പിക്കുന്നു ഇതെല്ലാം ബോധ്യപ്പെട്ടതിന് ഇതിന്റെ എല്ലാം വീണ്ടും ഇത് അനുഭവപ്പെടുന്നു ശരി സ്വപ്നത്തെ നമുക്ക് വേണമെങ്കിൽ സമ്മതിക്കാൻ എന്താണോ അത് സത്യമല്ല ജാഗ്രത നമുക്കതിനെ അംഗീകരിക്കാം സ്വപ്നത്തിൽ സത്യമായി തന്നെ അത് അനുഭവപ്പെടും എന്നാലും ജാഗ്രത നമുക്ക് വേണമെങ്കിൽ അത് വ്യത്യസ്തം പക്ഷെ ജാഗ്രത കാര്യങ്ങൾ മറ്റേതെങ്കിലും ഒരു അനുഭവ തലത്തിൽ പോയിട്ട് സ്വപ്നം പോലെ ഈ ജാഗ്രത അസത്യമാണെന്ന് നമുക്ക് ബോധിക്കാനും കഴിയുന്നില്ല പക്ഷെ ആവർത്തിച്ച് ആവർത്തിച്ച് ബോധിപ്പിക്കുന്നുണ്ട് പറയുന്ന വ്യക്തി ഇതാണെന്താണ് ഇത് അനുഭവപ്പെടുന്നതാണ് അനുഭവപ്പെട്ട നിഷേധിച്ച അനുഭവം ഇല്ലാതായാൽ അംഗീകരിക്കാതെ ഭ്രാന്തമായിരുന്നു പക്ഷേ ഇത് നിഷേധിച്ച് ബോധ്യപ്പെട്ടതിന് ശേഷവും വീണ്ടും അനുഭവപ്പെടുന്നത് ഭ്രാന്തിയാണെന്ന് എങ്ങനെ സ്വീകരിക്കാൻ പറ്റും ഈ നിഷേധത്തിന് എന്താ അർത്ഥം എന്നാണ് ചോദിക്കുന്നത് നാന്തപ്രജ്ഞം എന്ന ബഹിപ്രജ്ഞ എന്ന ഉഭയദപ്രജ്ഞം ന പ്രജ്ഞാന ഘനം എന്ന് പറഞ്ഞപ്പോൾ നമുക്കുണ്ടാകാമെന്നുള്ള സർവ്വ അനുഭവങ്ങളെയും നിഷേധിച്ചു പക്ഷെ വീണ്ടും എനിക്കതെല്ലാം അനുഭവപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു അപ്പോൾ ഇതെങ്ങനെ നിഷേധം എങ്ങനെ അർത്ഥവത്താവും ഇവിടെ പറയുന്നെന്താണ് നിഷേധത്തിൽ നിന്ന് ശരിയായ വിജ്ഞാനം ഉണ്ടാകണമെന്ന് ആ കൊണ്ട് ഈ നിഷേധം സാർത്ഥകമാണ് ഇത് അർത്ഥവത്താണ് നമുക്ക് ബോധ്യപ്പെടുന്നത് ഇത് രജ്ജു സർപ്പം പോലെയൊന്നും ബോധ്യപ്പെടുത്തില്ലെന്നാണ് പിന്നെ ഈ നിഷേധത്തിന് എങ്ങനെ മനസ്സിലാക്കണം നിഷേധത്തിന് ബുദ്ധിക്ക് എങ്ങനെ ബോധ്യപ്പെടുത്തി കൊടുക്കണം അതാണ് അടുത്ത് പറയുന്നത് എന്താണ് വികല്പ ഭേദവ് സർവത്ര വ്യവിചാരം യുന്നത് എന്താണ് രണ്ടു കാര്യങ്ങളാണ് നമ്മളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്താണ് രജു സർപ്പത്തിൽ ഒന്നെന്താണ് അരജു പരമാർത്ഥമാണ് മറ്റൊന്നെന്താണ് സർപ്പാനുഭവം വെറുംഭ്രാന്തിയാണ് രണ്ടു കാര്യങ്ങളും ബോധ്യപ്പെടുത്തുന്നു ഇത് രണ്ടു കാര്യങ്ങളും ഒരുമിച്ച് ഒരുപോലെ തന്നെ ബോധ്യപ്പെടുന്നു ഒരു ബോധ്യപ്പെടൽ ഉണ്ടാകുകയും വേറൊന്നും ഉണ്ടാകാതിരിക്കുകയും ചെയ്താൽ ശരിയാവുന്നത് നമ്മളെന്താണാഗ്രഹിക്കുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നത് ശ്രുതി പറയുന്നു ബ്രഹ്മസത്യം ജഗന്മിഥ്യ നമ്മൾ സ്വീകരിക്കുന്ന ഒരു ഭാഗത്തേണ് എന്താണോ ജഗത്മിഥ്യ ജഗന്മിഥ്യ നമ്മൾ സ്വീകരിക്കുന്നു പറയുന്നു പറയുന്നു അങ്ങനെ ഒരു ജഗന്മിഥ്യ ബ്രഹ്മസത്യത്തെ കൂടാതെയുള്ള ഒരു ജഗത്മിഥ്യത് ബോധ്യപ്പെടുത്തില്ല അതാണ് നിങ്ങൾ ബോധ്യപ്പെടാൻ ആഗ്രഹിക്കുന്നത് അതാണ് നമ്മൾ അർത്ഥശൂന്യമായി പറയുന്നത് എന്താണ് ഈ ലോകമെല്ലാം മരുന്ന് സ്വപ്നം പോലെയാണ് ഇതൊന്നും പരമാർത്ഥമല്ല എന്ന് ഭക്തന്മാർ കേൾക്കാൻ പറയുന്നു നമുക്കൊരു ഇതൊക്കെ സത്യമാണ് പക്ഷെ പറയാൻ നിർബന്ധിതനായിപ്പോയി എന്തുകൊണ്ട് സ്വാമിയാരായതുകൊണ്ട് അതുകൊണ്ട് പറയുന്നു ഇവിടെ പറയുന്നത് എന്താണ് അത് ഒന്നായിട്ട് ശരിയാക്കുന്നത് നിങ്ങൾക്ക് സർപ്പത്തെ ഭ്രാന്തമാക്കണം എന്നാൽ രജ്ജുവിനെ അവഗണിക്കുകയും ചെയ്യും അത് സാധ്യമാണ് രണ്ടും ഒരേ കാലത്തിൽ ബോധ്യപ്പെടുന്ന കാര്യമാണ് നേരത്തെ പറഞ്ഞല്ലോ സമകാല ഏവ അജ്ഞാന നിവൃത്തി തത്വബോധം വരുന്ന അതേ കാലത്തിൽ തന്നെ അജ്ഞാന നിവൃത്തി സംഭവിക്കുന്നു നേരത്തെ പറഞ്ഞു നമ്മൾ ഒരു ഭാഗത്തിൽ മാത്രം കടിച്ചു തോന്നുകയാണ് എന്നിട്ട് പറയുന്നു എന്തുകൊണ്ട് പറയുന്നു ശങ്കരാചാര്യ പറഞ്ഞു ജഗത് നിധ്യ ബ്രഹ്മസത്യം അതാണ് ഇവിടെ പറയുന്നത് ഇവിടെ ജാഗ്രത സ്വപ്ന സുഷുപ്തികൾ നിത്യയാണെന്ന് എന്തുകൊണ്ട് പറയുന്നുവരൂപ അവിശേഷ ഈ ജാഗ്രസ്വപ്ന സുഷുപ്തികളിലെ ഞസ്വരൂപം പറഞ്ഞ ബോധസ്വരൂപം തുരീയസ്വരൂപം അത് ഏകമായി തന്നെയിരിക്കുന്നു അവിശേഷമായിരിക്കുന്നു വിശേഷമായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മാറ്റമില്ലാതിരിക്കുന്നു ന്യസ്വരൂപത്തിന് ബോധിക്കുക അതാണ് ഇവിടെ ആവശ്യപ്പെടുന്നത് ജാഗ്രത്തിന് ഉൾക്കൊള്ളുന്ന ആ ബോധം അല്ലെങ്കിൽ ജാഗ്രത് ഏത് ബോധത്തിലാണോ നിലനിൽക്കുന്നത് നമ്മൾ ശ്രമിക്കുന്നത് എന്താണോ ഈ ജാഗ്രത്തിലൂടെ ോധത്തെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ഉണർന്നിരിക്കുകയാണ് ഈ ജാഗ്രത്തിലൂടെ നമ്മൾ തുരിയെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് അത് നടക്കില്ല ജാഗ്രതത്തിലൂടെ നമ്മൾ തുരിയെനെ കണ്ടെത്താൻ ശ്രമിച്ചില്ല എന്തുകൊണ്ട് തുര്യൻ ഈ ജാഗ്രത്തിലൂടെ കണ്ടെത്തേണ്ട ഒരു വിഷയമല്ല ജാഗ്രത വിഷയമല്ല ഉണർവിന്റെ വിഷയമല്ല മറിച്ചത് ഉണർവിന്റെ ആധാരമാണ് അതാണ് ഉണർവിനെ നിലനിർത്തുന്നത് അതിനെക്കുറിച്ചാണ് ഇവിടെ ബോധിപ്പിക്കുന്നത് ഉണർവീനം നിലനിർത്തുന്ന ഒന്നിനെ ഉണർവിലൂടെ കണ്ടെത്താൻ ശ്രമിക്കും അത് വിരൽ കുമ്പോണ്ട് വിരൽ തുമ്പിൽ തൊടാൻ ശ്രമിക്കും പോലെയാണെന്നുള്ള അത് സാധ്യമല്ല അതാണ് ആ കണ്ടെത്താനുള്ള ശ്രമം അവിടെ അവസാനിക്കണമെന്ന് പറയുന്നു നമ്മൾ തെറ്റായ രീതിയിൽ കണ്ടെത്താൻ ശ്രമിക്കും വഴി പിഴച്ച രീതിയിൽ ശ്രമിക്കുന്നു തല തിരിഞ്ഞ രീതിയിൽ ശ്രമിക്കും നമുക്കിപ്പോ എന്ത് ചെയ്യണം ഈ ജാഗ്രത സ്ത്രീയെ സാക്ഷാത്കരിക്കും ആത്മസാക്ഷാത്കാരങ്ങൾ അത് സാധ്യമല്ല എന്തുകൊണ്ട് ഈ ജാഗ്രതത്തിന് അതൊരിക്കലും വിഷയമാകുന്നു അത് നിലനിൽക്കുന്നതുകൊണ്ട് ഈ ജാഗ്രത വിഷയമാകും അപ്പൊ അവനെ എങ്ങനെ അറിയണം ജാഗ്രതത്തിന് ജാഗ്രതാർക്കാണോ വിഷയമായിരിക്കുന്നത് ജാഗ്രതാണോ അവലംബനമായിരിക്കുന്നത് ാര്യം ജാഗ്രതത്തിൽ മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ് ഏതൊന്നാണോ ജാഗ്രത നിലനിർത്തിയിരിക്കുന്നത് അതാണ് തിരിയൻ അതാണ് സ്വപ്നത്തിനും നിലനിൽക്കുന്നത് അതാണ് സുഷുപ്തിയിലും നിലനിൽക്കുന്നത് അതാണ് ഞസ്വരൂപൻ എന്ന് പറയുന്നത് അതെന്താണ് അവിശേഷമായിരിക്കുന്നു മാറ്റമില്ലാതിരിക്കുന്നു അത് മാറ്റമില്ലാതിരിക്കുന്നു എന്ന് പറയുമ്പോൾ എന്ത് പറയുന്നു ജാഗ്രതം സ്വപ്നവും സുഷുപ്തിയും മാറി മാറിക്കൊണ്ടിരിക്കുന്നു സത്യം എന്ന് പറയുന്നതിന് ഒരു പ്രധാനമായ നിർവചനമുണ്ട് എന്താണ് മൂന്ന് കാലത്തിലും മാറാതിരിക്കുന്നത് സത്യം ഈ നിർവചനം എന്ന് പറയുന്നത് ജാഗ്രതത്തിന് ആധാരമാക്കിയുള്ള നിർവചനമാണ് നമ്മൾ മൂന്ന് കാലമെന്ന് പറയുന്നത് സ്വപ്ന സുഷുപ്തികളെ കണക്കിലെടുത്തുകൊണ്ടല്ല കാരണം സ്വപ്നത്തിലെ കാലം ജാഗ്രതയുടെ കാലമല്ല സ്വപ്നത്തിലെ കാലം ജാഗ്രത്തിലെ കാലമായിരുന്നെങ്കിൽ യുവാവ് ഇതിനകം വയസ്സനായന് വയസ്സൻ ചിലപ്പോൾ ബാല്യത്തിൽ വന്നേനെ കാരണം സ്വപ്നത്തിനല്ല സംഭവിച്ചിട്ടുണ്ട് സ്വപ്നത്തിൽ താൻ വൃദ്ധനായിട്ടുണ്ട് യുവാവായിട്ടുണ്ട് ചിലപ്പോൾ യുവതിയായിരിക്കും ചിലപ്പോൾ ബാല്യത്തിൽ വന്നിരിക്കും ശൈശവത്തിൽ വന്നിരിക്കും അപ്പോൾ സ്വപ്നത്തിലെ കാലമല്ല ഇവിടത്തെ കാലം ഈ ജാഗ്രത്തിലെ മൂന്ന് കാലത്തെയാണ് നമ്മൾ പറയുന്നത് കാലങ്ങളെന്ന് പറയുന്നത് ഈ മൂന്ന് കാലത്തിനും മാറാതിരിക്കുന്നതാണ് സത്യമെന്ന് പറയുന്ന എന്താണ് സത്യത്തിന്റെ ഒരു തരത്തിലുള്ള ഒരു നിർവചനമാണ് ഇവിടെ സത്യത്തെ നിർവചിക്കുന്ന അങ്ങനെയല്ല എന്താണോ മൂന്നവസ്ഥകളിലും മാറാതിരിക്കും ജാഗ്രതത്തില മൂന്ന് കാലങ്ങളിലും മാറാതിരിക്കും സ്വപ്നത്തിലെ മൂന്ന് കാലത്തിലും മാറാതിരിക്കും കാലാതീതമായിരിക്കുന്ന സുഷുതിയിലും അത് മാറാതിരിക്കും അപ്പം മൂന്നു കാലത്തിലും മാറാതിരുന്നെന്ന് പറഞ്ഞാൽ സുശുതിയിൽ യോജിക്കും കാരണം അവിടെ കാലബോധമില്ല ഈ ആപേക്ഷികമായ കാലബോധമില്ല അവിടെ പൂർവ്വമില്ല ഭൂതമില്ല ഭാവിയില്ല അവിടെ വർത്തമാനമില്ല അപ്പൊ കാലാതീതമായിരിക്കുന്ന സുഷുത്തിയിലും കാലപരിച്ഛിന്നമായിരിക്കുന്ന ജാഗ്ര സ്വപ്നങ്ങളിലും മാറാതിരിക്കുന്ന സത്യം ഇതാണ് തുരിയൻ അതാണ് സത്യം അതിനൂടെ പറഞ്ഞിരിക്കുന്ന എന്താണ് ഞാൻ സ്വരൂപ അവിശേഷം അതാണ് സത്യമൊന്നു വന്നു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളതിനെല്ലാം അതിന് നേരെ വിപരീതമായൊരു ശബ്ദം കൊണ്ടേ നമുക്ക് ബോധിക്കാൻ പറ്റും സത്യത്തിന് നേരെ വിപരീതമായൊരു ശബ്ദം എന്നുള്ള അർത്ഥമെടുത്താൽ മതി മിഥ്യയിൽ മിഥ്യയെ സംബന്ധിച്ച് നമ്മൾ പ്രത്യേകിച്ച് സങ്കല്പങ്ങളൊന്നും ഉണ്ടാകട്ട എന്തുകൊണ്ട് മിഥ്യ എന്ന് പറയുന്നത് അനൂപചനീയമാണ് നമ്മൾ ഒരു സങ്കല്പത്തിന് ഒതുങ്ങുന്ന കാര്യമില്ല നമ്മളതിന് ഇന്ദ്രജാലമെന്നോ മറ്റെന്തെങ്കിലും പേര് കൊണ്ട് വിളിച്ചാൽ അതൊന്നും അതിന് യോജിക്കത്തില്ല അനുവജനീയമായ ഒന്നിനെ ശബ്ദം കൊണ്ടോ സങ്കല്പങ്ങൾ കൊണ്ടോ ഒതുക്കാൻ പറ്റത്തില്ല അതുകൊണ്ടെന്താണ് എന്താണിവിടെ സത്യമെന്ന് പറയുന്നത് ഞസ്വരൂപം അതിന് നേർവിപരീതമായത് അങ്ങനെയാണ് ഇവിടെ ജാഗ്രത്തിനെയും സ്വഫനത്തിനെയും സുഷുതയും അത് അതിന് നേർവിപരീതമായിരിക്കുന്ന എന്തുകൊണ്ട് ഇതരേതര ഒന്നും മറ്റൊന്നും നിലനിൽക്കുന്നില്ല അത് തന്നെ കാരണം അപ്പൊ തുരീയനും ജാഗ്രസ്വപ്ന സുഷിതികളും ജാഗ്രത സ്വപ്ന സുഷിതികളെന്ന് പറയുമ്പോൾ അവിടെ എല്ലാത്തിനെടുത്തും വിശ്വ തേജസ്വപ്രാജ്യന്മാർ അവരുടെ സമൃഷ്ടിഭാവം അവരുടെ സൃഷ്ടികൾ സർവ്വത്തിലെടുത്തു ഇതെല്ലാം എന്താണ് ആ ഭാവത്തിൽ തുരിയ ഭാവത്തെ പെട്ടുകഴിഞ്ഞാൽ പരബ്രഹ്മം എന്നുള്ള ആ ഭാവത്തെ വിട്ടു കഴിഞ്ഞാൽ സച്ചിദാനന്ദമെന്നുള്ള നമ്മുടെ ആ സങ്കല്പത്തെ വിട്ടുകഴിഞ്ഞാൽ എന്താണ് ഒന്ന് മറ്റൊന്നിൽ കാണുന്നില്ല ആ ഒന്ന് മറ്റൊന്നും കാണാത്തതിനാണ് ഇവിടെ മിഥ്യ എന്ന് പറയുന്നത് അല്ല എന്തെങ്കിലും ഒരു മിഥ്യയെ സംബന്ധിച്ചുള്ള മിഥ്യാ സങ്കല്പത്തെയല്ല പറയുന്നത് ഇത് തികച്ചും സാങ്കേതികമായി പറയുന്നു നമ്മൾ മിഥ്യ എന്ന് കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ വരുന്ന എന്താണ് ഇതൊന്നും സത്യമല്ല എന്ന് പറഞ്ഞതാണ് കാരണം നമ്മുടെ അനുഭവത്തിൽ നമുക്ക് സത്യവും അസത്യവും ഉണ്ട് സത്യത്തിന് നേരെ വിപരീതമായതാണ് അസത്യം അപ്പോ അതുപോലെ ഇത് സത്യമല്ല അസത്യമാണെന്ന് ബോധിപ്പിക്കുന്നതാണ് മിഥ്യാ ശബ്ദത്തിന് അങ്ങനെ ഒരു അർത്ഥമേ അല്ല അതുകൊണ്ടാണ് മിഥ്യാ പ്രപഞ്ചം മിഥ്യാണെന്ന് പറയുമ്പോൾ കേൾക്കുന്നു വരച്ചിരിക്കുന്നത് എന്ത് അബദ്ധമാണെന്ന് പറയുന്നത് ഇത് അസത്യമാണ് സത്യാസത്യങ്ങളെന്ന് പറയുന്നു വ്യാവഹാരികമായ നമ്മുടെ അനുഭവത്തിൽ വരുന്ന ഓരോ പ്രപഞ്ചകാര്യങ്ങളെയും സംബന്ധിച്ച് നമ്മുടെ ധാരണകളാണ് സത്യാസത്യം ഇത് സത്യമാണെന്ന് പറയുന്നു മറ്റത് അസത്യമാണെന്ന് പറയുന്നു ഈ സത്യാസത്യങ്ങളെയല്ല മിഥ്യാശബ്ദങ്ങൾ ഈ അസത്യത്തെ അല്ല മിഥ്യാശബ്ദങ്ങൾ ബോധിപ്പിക്കുന്നു മറിച്ച് നമ്മുടെ ഇവിടുത്തെ സത്യത്തെയും അസത്യത്തെയും രണ്ടിനെയും ബോധിപ്പിക്കുകയാണ് മിഥ്യാശബ്ദങ്ങൾ പക്ഷേ അതിനൊരു ഭാഗത്ത് മാത്രം എടുക്കുന്ന അസത്യ എന്നുള്ള ആ ശബ്ദാർത്ഥത്തെ എടുത്തിട്ട് അതാണ് മിഥ്യയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നത് ഈ പ്രപഞ്ചം മിഥ്യയാണ് ഇത് അസത്യമാണ് ഇതാണ് അദ്വൈതം പറയുന്നത് അതെങ്ങനെ ചോദിക്കും നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അസത്യം അല്ല ഇവിടെ എന്താണ് സത്യാസത്യങ്ങൾ രണ്ടിനെയും നിഷേധിക്കാനാണ് മിഥ്യാശബ്ദം ഉപയോഗിക്കുന്നത് നമ്മുടെ മനസ്സിൽ സത്യത്തെക്കുറിച്ചുള്ള ഒരു സങ്കല്പമുണ്ടല്ലോ ആ സങ്കല്പവും അവിടെ എന്തുകൊണ്ട് ഇവിടെ പറയുന്നു ഇതരേതര വ്യഭിചാര അത് സാങ്കേതികമായൊരു വിശദീകരണമാണ് നമ്മുടെ സങ്കല്പങ്ങൾക്കോ നമ്മുടെ ഇതുവരെയുള്ള ധാരണകളോടോ യോജിച്ചു പോകുന്നല്ല നമ്മൾ പുതുതായി ഗ്രഹിക്കേണ്ട ഒരു കാര്യമാണ് പുതുതായി എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സത്സംഗത്തെ ഗ്രഹിക്കണമെന്നല്ല അദ്വൈതമെന്ന് പറയുന്ന ഒരു പ്രകടനത്തിൽ അതിനുവേണ്ടി മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അത് മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഇനി മനസ്സിലാക്കേണ്ട ആവശ്യം വരുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടി വരും എന്തുകൊണ്ട് ഈ ജാഗ്രത സ്വപ്ന സുഷുതികളെ ഒരേപോലെ മിഥ്യെന്ന് പറയുന്നു അതിന്റെ വ്യത്യാസം ഒന്നുകൂടി മനസ്സിലാക്കാം എങ്ങനെ നമ്മൾ ഓണർ നിരഞ്ഞിട്ട് പറയും സ്വപ്നം മിഥിയാണ് എന്ന് പറയുന്നത് അക്കാര്യത്തിൽ നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവും എന്തുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് കാരണം അത് അസത്യമാണെന്നുള്ള അർത്ഥമെടുത്തുകൊണ്ടാണ് നമ്മളത് പറയുന്നത് എന്നിട്ടാ അതേ ശബ്ദം മിഥ്യാ ശബ്ദം അസത്യം എന്നുള്ള രീതിയിൽ ജാഗ്രത ഉപയോഗിച്ചാൽ നമ്മൾ അതേ തരും സ്വപ്നം മിഥ്യയാണ് അതിൽ എനിക്ക് സംശയം തോന്നുന്നത് പക്ഷെ ജാഗ്രത എങ്ങനെ മിഥ്യയാകും എന്നാണ് നമ്മൾ ചോദിക്കുന്നത് ആ ചോദ്യം ശരിയാണ് ഒരിക്കലും സ്വപ്നം മിഥ്യയായതുപോലെ ജാഗ്രത മിഥ്യല്ല സ്വപ്നത്തെ നമ്മൾ മിഥ്യെന്ന് അറിഞ്ഞതുപോലെ ജാഗ്രതത്തിന് നമുക്ക് മിഥിയെന്ന് അറിയാൻ പറ്റുന്നില്ല അതുകൊണ്ട് തന്നെ അപ്പോൾ ഇവിടെ മിഥ്യ എന്ന് പറയുന്നതിന് നമ്മൾ ധരിച്ചിരിക്കുന്ന അർത്ഥമല്ല പറഞ്ഞിരിക്കുന്നു ഭാഷകാരൻ പറഞ്ഞിരിക്കുന്നത് സ്വപ്നത്തിലേക്ക് തന്നെ കടന്നു നോക്കാം നമ്മൾ സ്വപ്നം കാണുന്നു എന്ന് വയ്ക്കും സ്വപ്നം കാണുമ്പോൾ എന്താണ് നമുക്ക് അവിടെ സത്യവും മിഥ്യയും ചേർന്നാണ് അനുഭവപ്പെടുന്നത് സ്വപ്നത്തിൽ പലവിനെയും നമ്മൾ സ്വപ്നത്തിൽ തന്നെ തിരിച്ചറിയും ഇത് സത്യമാണ് സ്വപ്നത്തിൽ തന്നെ സംശയിക്കും സ്വപ്നത്തിൽ തന്നെ അജ്ഞനായിരിക്കും സ്വപ്നത്തിൽ തന്നെ കരുതുന്നു എന്താണ് ഇത് അസത്യമാണ് ഇതൊക്കെ സ്വപ്നത്തിനും ഇത്തരം അനുഭവങ്ങളുണ്ടാകാം സ്വപ്നത്തിനും സത്യത്തെക്കുറിച്ചും മിഥ്യയെക്കുറിച്ചുമുള്ള അനുഭവം സത്യത്തെക്കുറിച്ചും അസത്യത്തെക്കുറിച്ചുമുള്ള അനുഭവങ്ങളുണ്ടാകാം ഇത് രണ്ടും കൂടി ചേർന്നിരുന്നതാണ് അവിടെ മറ്റൊരാൾ നമ്മെ ആ സ്വപ്നം അസത്യമാണെന്ന് ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചു വന്നിരിക്കട്ടെ നമ്മളത് അംഗീകരിക്കത്തില്ല സ്വപ്നത്തിൽ നമുക്ക് അത് അംഗീകരിക്കാൻ പറ്റത്തില്ല എന്തുകൊണ്ട് സത്യവും മിഥ്യയും കലർന്നുള്ള അനുഭവമാണ് സ്വപ്നത്തിന് നമുക്കുള്ളത് അവിടെ പാടെ അസത്യമാണെന്നൊരാൾ ബോധ്യപ്പെടുത്താൻ ശ്രമിച്ചാൽ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഞാനും ആ സ്വപ്നത്തിൽ അതിനെ എതിർക്കും പക്ഷെ ഉണർന്നു കഴിഞ്ഞെനിക്ക് പറയാൻ പറ്റും എന്താണ് അത് സത്യമായിരുന്നില്ല എന്ന് പറയാൻ കഴിഞ്ഞു അവിടെ എന്താണ് മിഥ്യയുടെ അർത്ഥം വേറെയാണ് എന്താണ് അവിടെ മിഥ്യയുടെ അർത്ഥം സത്യത്തെയും മിഥ്യയേയും നിഷേധിക്കുക അപ്പൊ സത്യത്തെയും മിഥ്യയേയും നിഷേധിച്ചാൽ മാത്രമേ മിഥ്യാശബ്ദത്തിന് അർത്ഥം വരുത്തുള്ളൂ വ്യഭിചാരം എന്നുവെച്ചാൽ മാറുക അഭിചാരമാണ് മാറിപ്പോകുക എന്നത് അത് മാറിപ്പോകുന്നു സ്വപ്നം ഇവിടെ മാറിപ്പോകുന്നു പാടെ മാറിപ്പോകുന്നു സ്വപ്നത്തിലെ സത്യവും മിഥിയും എല്ലാം മാറിപ്പോകുന്നു ആ മാറിപ്പോകുന്നത് എന്നുള്ള അർത്ഥത്തിലാണ് അതിന് മിഥ്യ എന്ന് പറയുന്നത് അതിനാണ് ഇവിടെ വ്യഭിചാരമെന്നുള്ള ശബ്ദം ഉപയോഗിച്ചിരിക്കുന്നത് മാറിപ്പോകുന്നുള്ള നമ്മൾ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഇവിടെ സത്യവും മിഥയും അറിയുന്നു സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ കള്ളം പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന ഞാൻ പറയും നീ പറയുന്നത് കള്ളമാണ് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ എന്നോട് സത്യം പറയുകയാണെങ്കിൽ ഞാൻ പറയും നീ പറഞ്ഞത് സത്യമാണ് അവിടെ നമുക്ക് സത്യവും മിഥിയുമുണ്ട് ജാഗ്രതനും ഇത് തന്നെ സംഭവിക്കുന്നു സത്യം പറഞ്ഞാൽ അത് സത്യമാണെന്ന് പറയും അസത്യം പറഞ്ഞാൽ അസത്യമാണെന്ന് പറയും അതുകൊണ്ട് തന്നെ എന്താണ് ഈ ജാഗ്രത്തിലെ സത്യാസത്യ ബുദ്ധി വെച്ചുകൊണ്ട് ഇത് മിഥിയെന്ന് പറഞ്ഞാൽ നമ്മൾ അംഗീകരിക്കത്തില്ല അംഗീകരിക്കാതിരിക്കുന്നതാണ് യുക്തി അംഗീകരിക്കുന്നതല്ല ഒരാൾ നിങ്ങളോട് പറയുകയാണ് ഈ പ്രപഞ്ചം മിഥ്യയാണെന്ന് പറഞ്ഞാൽ ഈ ജാഗ്രത്തിൽ അനുഭവം വെച്ചുകൊണ്ട് നിങ്ങളത് അംഗീകരിക്കുകയാണെങ്കിൽ അംഗീകരിക്കുന്നവൻ വിദ്ധിയാണ് നിഷേധിക്കുന്നത് തന്നെയാണ് ബുദ്ധി പക്ഷേ ഇവിടെ പറയുന്ന വ്യക്തി അനുസരിച്ച് നമുക്ക് അത് നിഷേധിച്ചാൽ അത് ശരിയാണ് അതിനാർക്ക് ചോദ്യം ചെയ്യാനൊക്കെ ഇവിടെ എന്താണ് പറയുന്നത് ഇത് മാറിപ്പോകും ഈ സത്യമിഥ്യ ആ അനുഭവങ്ങൾ നിലനിൽക്കുന്നില്ല നിലനിൽക്കാത്തതുകൊണ്ട് ഇതിനെ മിഥ്യെന്ന് പറയും അതിനാർക്ക് എതിർക്കാൻ പറ്റും ആ നിലനിൽക്കാതിരിക്കൽ എന്നുള്ളതാണ് മിഥ്യാശബ്ദത്തിന്റെ അർത്ഥം എന്ന് വന്നുകഴിഞ്ഞാൽ നമുക്ക് സ്വീകരിക്കാം അല്ലാതെ ഈ പ്രപഞ്ചം മിഥ്യ എന്ന് പറയുന്നതിന് യാതൊരു കഴമ്പുമില്ല അങ്ങനെ പറയുന്നതിന് അദ്വൈതമെന്നല്ല പറയുന്നത് വിജ്ഞാനവാദം എന്ന് പറയും അതിന് ശങ്കരാചാര്യൻ ശക്തമായി നിഷേധിക്കുന്നത് ഇതെല്ലാം നിന്റെ കൽപ്പനയാണെന്ന് പറയുന്ന ഒരു വാദമാണ് വിജ്ഞാനവാദം അത് നിഷേധിക്കുന്നു ബൃഹകാരുണ്യ പുരുഷത്തിന്റെയും മറ്റും ഭാഷയെടുത്ത് വായിച്ചു നോക്കുക അവിടെ ആ വിജ്ഞാനവാദത്തിന്റെ നിഷേധം വളരെ വ്യക്തമായിട്ടുണ്ട് ആ വിജ്ഞാനവാദത്തെയാണ് പലരും വേദാന്തമാണെന്ന് പറഞ്ഞ് പറയുന്നത് ഇവിടെ ആ രീതിയിലല്ല പറയുന്നത് ഇത് സത്കാരിയവാദമാണിവിടെ വാദമെന്ന് വെച്ചാൽ ചിന്ത എന്നുള്ള അർത്ഥത്തിലാണ് ആ രീതിയിലുള്ള ഒരു ചിന്തയാണ് വിജ്ഞാനവാദം അല്ല ഇവിടെ പറയുന്നത് അത് അസംബന്ധമാണ് വെറും കല്പനയാണ് വെറു ഊഹം മാത്രമാണ് അവസാനം പറയും നെയ്ത ബുദ്ധേയനു ഭാഷിതം ബൗദ്ധന്മാർ ബുദ്ധന്റേതായി പറയുന്ന ഒരു ആശയഗതിയാണ് ബുദ്ധൻ പറഞ്ഞോ പറഞ്ഞില്ലേ എന്നൊന്നും അങ്ങനെ പറയുന്ന ആശയഗതിയല്ല ഇവിടെ അദ്വൈതമെന്ന് പറയുന്നത് ഇവിടെ മിഥി എന്ന് പറയാൻ എന്താ അർത്ഥം ഇതിന് ഈ ജാഗ്രത്തിന് എന്ന് പറയാൻ എന്താ കാരണം മാറിപ്പോകുന്നു എന്നേ അതിനർത്ഥമുള്ളൂ എന്തുകൊണ്ട് സത്യത്തിനും മിഥ്യക്കും അതിന്റേതായ നിർവചനങ്ങളുണ്ട് ശാസ്ത്രത്തിലെ ഓരോ സാങ്കേതിക പദങ്ങൾക്കും അവരുടേതായ നിർവചനങ്ങളുണ്ട് ആ നിർവചനങ്ങളിൽ നിന്നുകൊണ്ടാണ് നിർവചനങ്ങൾക്കനുസരിച്ചാണ് ഈ അർത്ഥങ്ങൾ നിർണ്ണയിക്കേണ്ടത് ഇവിടെ മിഥ്യയുടെ നിർവചനം എന്താണോ മാറിപ്പോകുന്നത് മിഥ്യ ഇതിനാർക്ക് നിഷേധിക്കാൻ പറ്റും ജാഗ്രത എന്നും നിലനിൽക്കുന്നു എന്നാർക്കെങ്കിലും പറയാൻ പറ്റുന്നില്ല അത് ശ്രുഷയിൽ മാറിപ്പോകും മാറിപ്പോകുന്നുണ്ടെങ്കിൽ അത് മിഥ്യ സ്വപ്നത്തിൽ മാറിപ്പോകുന്നു മാറിപ്പോകുന്നതുകൊണ്ട് അത് മിഥ്യ അപ്പോൾ ആ മിഥ്യാശബ്ദത്തിനവിടെ എന്തർഥമേ ഉള്ളൂ മാറിപ്പോകുന്നത് അത് മനസ്സിലാക്കിയില്ലെങ്കിൽ നമ്മൾ തെറ്റാണ് അസത്യമാണ് എന്നൊക്കെയുള്ള നമ്മുടെ ഈ ജാഗ്രത അർത്ഥങ്ങൾ വെച്ചുകൊണ്ട് മിഥ്യാശബ്ദ യും മനസിലാക്കിക്കളയും എന്നിട്ട് അതിന്റെ എല്ലാം ഉത്തരവാദിത്വം ശങ്കരാചാര്യരിലും വേദാന്തത്തിലും കൊണ്ടുപോയി അതുകൊണ്ടിവിടെ അത് വ്യക്തമായി പറയുന്നു മാറാതിരിക്കുക മൂന്നവസ്ഥകളിലും മാറ്റമില്ലാതിരിക്കുന്ന അത് സത്യം അതിനിടെ പറഞ്ഞു ഞസ്വരൂപം ഇത് മാറിപ്പോകുന്നു മാറിപ്പോകുന്നു എന്നുള്ള അർത്ഥത്തിൽ ഇത് മിഥ്യ അത്രയു എന്ന് പറഞ്ഞാൽ നമ്മളീ കാണുന്ന ഒന്ന് കള്ളമാണെന്നോ ഈ കാണുന്നതൊക്കെ അസത്യമാണെന്നോന്നും അതിന് അർത്ഥമില്ല ഈ കാണുന്നതിന് കള്ളവുമുണ്ട് സത്യമുണ്ട് സത്യമുണ്ട് അസത്യവും ഉണ്ട് ഇതൊക്കെ ഇവിടെ ഉള്ളത് ഇതൊന്ന് വേദാന്തം പറഞ്ഞെന്ന് വിചാരിച്ചില്ലാതാകത്തില്ല ആചാര്യൻ വേറൊരു സ്ഥലത്ത് പറയും വേദങ്ങൾ കൂടി ചേർന്ന് പറഞ്ഞാലും ഒരു കലത്തിന് വസ്ത്രമാണെന്ന് പറഞ്ഞാൽ ശരിയാകത്തില്ല കലം കലം തന്നെയാണ് വസ്ത്രം വസ്ത്രം തന്നെയാണ് അപ്പൊ നമ്മുടെ അനുഭവത്തിലുള്ള സത്യതയെ നിഷേധിക്കാല്ലോ ഇവിടെ തീർന്നു നമ്മൾ ധരിച്ചിരിക്കുന്ന രീതിയിലുള്ള സത്യത്തെ നിരാകരിക്കുക തീരുന്നു സത്യത്തെയും അസത്യത്തെയും പുതിയ രീതിയിൽ നിർവചിക്കുകയായിരുന്നു ആ നിർവചനത്തെ മനസ്സിലാക്കിയാല് ഈ മിഥ്യാത്വത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്രയും പറഞ്ഞതുണ്ടെങ്കിലും കുറെങ്കിലും മനസ്സിലാക്കിയിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അതുകൊണ്ടിവിടെ പറയുന്ന എന്താണോ ഈ ജാഗ്രത മാറിപ്പോകുന്നു സ്വപ്നം മാറിപ്പോകുന്നു സുഷുപ്തി മാറിപ്പോകുന്നു ആ മാറിപ്പോകലാണ് ഇവിടത്തെ മിഥ്യ എന്ന് അതൊരു യുക്തിവാദത്തിനും എതിരായ കാര്യമല്ല ഇവിടെ മാറാതിരിക്കുന്നു എന്താണ് ഈ മാറിപ്പോകലിനെല്ലാം ആധാരമായിരിക്കുന്ന അന്യസ്വരൂപം ബോധസ്വരൂപം തുലിയൽ മാറാതിരിക്കുന്നു അത് സത്യം അതേ ഞാനിവിടെ പറഞ്ഞുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഞാനീ പറയുന്നത് രജ്ജുവര സർപ്പം പോലെയാണെന്ന് ധരിക്കരുത് രജ്ജുവില സർപ്പം എന്ന് പറയുന്നത് കേവലം ഒരു ദൃഷ്ടാന്തം മാത്രമാണ് ആ ദൃഷ്ടാന്തം എന്ന് പറയുന്നത് ഭ്രാന്തിക്ക് ഒരു ജീവൻ അടിമപ്പെടുന്നതിനും ആ ഭ്രാന്തിയിൽ നിന്ന് ജീവൻ മുക്തനാകുന്നതിനുമുള്ള ഒരു ഉദാഹരണം മാത്രമാണ് പ്രപഞ്ചവിധ്യെന്ന് പറഞ്ഞാൽ എന്റെ അർത്ഥം പ്രപഞ്ചം രജ്ജു സർപ്പം എന്നല്ല എന്നാണ് ഇവിടെ പറയുന്ന എന്റെ താല്പര്യം അങ്ങനെ ധരിക്കരുത് ഇതരേതര വിഭിചാര ഒന്ന് മറ്റൊന്നും മാറുന്നതുകൊണ്ട് എന്തു പറഞ്ഞു രജ്വാദു ഇവ അതിനാണ് ഈ ദൃഷ്ടാന്തം പറഞ്ഞത് ആ മാറുന്നത് അസത്യം മാറുന്നത് മാറുക എന്നുള്ളതുകൊണ്ട് അസത്യമായിരിക്കുന്നതിന് ഉദാഹരണം പറയുന്നു എന്താണ് സർപ്പധാരാദി വികൽപിത ഭേദവത് അതിന് ആണ് ഈ രജ്ജു രുജ്ജുവിനെ കണ്ടിട്ട് സർപ്പമായിട്ട് ഇതിനെ ഒരു നീർച്ചാലായിട്ട് ഭ്രമിക്കാം ഒരു മാലയായിട്ട് ഭ്രമിക്കാം ഒരു വടിയായിട്ട് ഭ്രമിക്കാം മറ്റെന്തെല്ലാം എന്തെല്ലാം എന്തെല്ലാമായിട്ട് ഭ്രമിക്കാം ഇത് ഈ പല അനുഭവങ്ങൾ പല കാലങ്ങളിലായി ഒരാൾക്കുണ്ടാകുന്നു ഒരു അനുഭവം ഉണ്ടായി പിന്നെ മറ്റൊന്നുണ്ടായി ഈ ഒരനുഭവങ്ങൾ ശരിയല്ല എന്തുകൊണ്ട് മാറിപ്പോകും അവിടെ ഒരു വസ്തുവുണ്ടായിരുന്നു അതാണ് സർപ്പ ഭാരാതി വികൽപിത ഇതുപോലെ സർവത്ര അമ്യഭിചാര ജാഗ്രത സ്വപ്ന സുഷുതികളിൽ ഒരു മാറ്റവും അതുകൊണ്ട് ഞസ്വരൂപസ്യ സത്യത്വം അതുകൊണ്ടാണ് മാറ്റമില്ലാതിരിക്കുന്ന അവസ്ഥകളിൽ അത് സത്യം എന്ന് അദ്വൈതി എന്ന് പറയുന്ന നിർവചനത്തിലൂടെ സത്യത്തെ മനസ്സിലാക്കും നമ്മുടെ ലൌകികമായ ശബ്ദാർത്ഥജ്ഞാനം കൊണ്ടോ ലൌകികമായ അനുഭവങ്ങളിലൂടെ അല്ല മനസ്സിലാക്കേണ്ടത് അതുപോലെ മിഥ്യ എന്ന് പറഞ്ഞാലും അതിന് ഇത്രയാളത്തോളം മാറിപ്പോകുന്നത് എന്നാണ് അതിന്റെ അർത്ഥം അതുകൊണ്ട് ആ മാറിപ്പോകലിനെ ബോധ്യപ്പെടുത്താൻ വേണ്ടിട്ട് ആ മാറിപ്പോകലിന്റെ തുച്ഛത നിസ്സാരത അത് ബോധ്യപ്പെടുത്താൻ ഈ രജിസർഫോ എന്ന് പറയുന്ന ഉദാഹരണത്തെ ഇവിടെ അതുകൊണ്ട് ജാഗ്രത സ്വപ്ന സുശുക്തികളിലെ സത്യത്വവും മിഥ്യാത്വവും ആ മാറ്റമില്ലായ്മയും മാറ്റവും എന്നുള്ള തരത്തിലാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇത് മനസ്സിലാക്കിയാൽ ഇതെവിടെയെങ്കിലും പറന്നുപോകും രുജി സ്വർപ്പം പറന്നുപോയതുപോലെ ഈ കാണുന്നതൊന്നും പറന്നുപോകത്തില്ല ഇതെല്ലാം ഇവിടെ തന്നെ കാണും ഇത് മനസ്സിലാക്കിയെന്ന് വിചാരിച്ചു ഇത് എല്ലാം പറന്നുപോകുന്ന ഒരു ബ്രഹ്മ സാക്ഷാത്കാരത്തെയാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത് അത് നടക്കത്തില്ല അത് എന്താണ് വിരുട്ടത്ത് തപ്പുന്നതാണ് വിരുട്ടത്തി ഇല്ലാത്തതിന് തപ്പുന്നത് പോലെയാണ് അത് കേവലം സ്വപ്ന ജീവികൾക്ക് മാത്രം പറ്റിയതാണ് മനുഷ്യരിൽ തന്നെ ഈ പകൽ ജാഗ്രത ജീവിക്കുന്നവർ സ്വപ്നത്തിൽ ജീവിക്കുന്നവരുണ്ട് ജാഗ്രത ചില സ്വപ്ന ജീവികളുടെ ബ്രഹ്മസങ്കല്പം മോക്ഷസങ്കല്പം അതാണ് ഇതെല്ലാം മറഞ്ഞുപോയി വരുന്നവർ മോക്ഷം സാക്ഷാത്കാരമെന്നെല്ലാം പറയുന്നു അതിനിടെ ഭാഷകാരൻ അതിനീകരിക്കുന്നു അതല്ല ഇതെല്ലാം ഇവിടെ നിലനിൽക്കുമെന്നാണ് പറഞ്ഞു വരുന്നത് നിലനിൽക്കെ അതെന്നെ മാറിപ്പോകുന്നത് കൊണ്ട് തന്നെ അത് മിഥ്യയായി നമ്മളിതിനെ പ്രത്യേകിച്ച് മോക്ഷം നേടി മിഥ്യയാക്കേണ്ട ആവശ്യമൊന്നും നമ്മളിതിനെ മിഥ്യയാക്കിയില്ലെങ്കിലും ഇതൊക്കെ മിഥ്യ തന്നെ എന്തുകൊണ്ട് ഇതെല്ലാം മാറിപ്പോകുന്നു അതിനുവേണ്ടി ഇപ്പം മോക്ഷം നേടേണ്ട കാര്യമൊന്നും ഇതിനെ മാറിപ്പോകുന്നു അറിയുന്നവനും അറിയാത്തവനും എല്ലാവരും ഇത് മിഥ്യ അതുകൊണ്ട് സത്യമിഥ്യയെക്കുറിച്ചുള്ള ിലപാടിതാണ് അതുകൊണ്ട് പറയുന്ന എന്താണോ ഈ ജ്ഞസ്വരൂപം തുരിയസ്വരൂപം അത് ഇതിനെല്ലാം സത്താസ്ഫൂർത്തിയെ നൽകിക്കൊണ്ട് നിലനിൽക്കുന്നു ഇതിനെല്ലാം ഉണ്മയെ നൽകിക്കൊണ്ട് നിലനിൽക്കുന്നു അതിന്റെ ഉണ്മയിൽ ഇതെല്ലാം നിലനിൽക്കുന്നു അതിൽ ആ സത്താ സത്തയിൽ തുരിയു ബോധസ്ഫുരണത്തിൽ ഇതെല്ലാം നിലനിൽക്കുന്നതായിട്ട് മനസ്സിലാക്കും അതാണ് മനസ്സിലാക്കേണ്ടത് അല്ലാതെ ഇതിനെല്ലാം ഇല്ലാതാക്കാൻ കാരണം എന്തുകൊണ്ട് ഇതിനെ ഇല്ലാതാക്കണമെങ്കിൽ താൻ ഇതിനെയൊക്കെ സൃഷ്ടിച്ചതായിരിക്കും താനെല്ലാം നേരത്തെ പറഞ്ഞല്ലോ ഈ അബോധാവസ്ഥയിൽ സ്വയം മറന്നിരിക്കുന്ന തനിക്കിതിനെ സൃഷ്ടിക്കുന്നതിന് ശേഷി തനിക്കിതിനൊക്കെ അനുഭവിക്കുന്നതിനുള്ള ശേഷിയോ താൻ സൃഷ്ടിക്കാത്തതിന് തനിക്ക് നശിപ്പിക്കാനോ ഒക്കത്തില്ല അതുകൊണ്ടിത് ഇങ്ങനെ തന്നെ തുടരും ഇത് സ്വയം ഇല്ലാതാകും അതാണ് ഇവിടെ പറഞ്ഞെന്താണോ ഒന്നും നിന്നും മറ്റൊന്നിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു തനിക്കിതിനെ ഇല്ലാതാക്കാൻ പറ്റത്തില്ല ജാഗ്രത്തിൽ നിന്നും സ്വപ്നത്തിൽ നിന്നും സുസ്ഥിതിയിലും ഇത് സ്വയം മാറും ഇത് ഈ മാറ്റത്തിന് ഉൾക്കൊണ്ടുകൊണ്ട് ആരാണോ തിരിയൽ ആ തുരിയനാണ് തന്റെ വാസ്തവ സ്വരൂപം എന്ന് ബോധ്യപ്പെടുക അതാണ് ശ്രുതി നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് എന്നാണ് നമ്മുടെ ഭാഷകാരൻ വിശദീകരിച്ച് പറയുന്നത്